नारदं राम ചം രാമ പ്രീത പരമയാ സംസാരം മുനിശ്രേ अस्माकं തവ चेतसा नितराम मुनि പരമസന്തോഷത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ നാരദരോട് പറഞ്ഞു ഹേ മുനിശ്രേഷ്ഠ ജനന മരണങ്ങൾ കഥീനരായിരിക്കുന്നവർക്ക് അങ്ങയുടെ കാഴ്ച എത്രയും ദുർലഭം അതിലും വച്ച് വിഷയങ്ങളിൽ തന്നെ എപ്പോഴും മനസ് വെച്ചുകൊണ്ടിരിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് അത്യന്ത ദുർലഭം അയോധ്യാകാംഡം അയോധ്യാകാണ്ടത്തിലെ മുഖ്യമായ കഥാഭാഗം ദശരഥൻ ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം നിശ്ചയിക്കലും കൈകേയി അതിനെ തടസ്സപ്പെടുത്തലും ശ്രീരാമൻ അച്ഛന്റെ സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സീതാലക്ഷ്മണ സമേതനായി കാട്ടിലേക്ക് പോവലുമാണ് ആത്മജ്ഞാനമുണ്ടായാലും പ്രാരബ്ധം അവസാനിക്കാതെ സംസാരത്തിൽ നിന്ന് നിശേഷം നിവർത്തിച്ച് ആത്മസാമ്രാജ്യത്തിൽ അധിഷ്ഠിതനാവാനോ ജീവൻമുക്തനാവാനോ സാധ്യമല്ല വിവേകം നശിക്കാതെ സൂക്ഷിച്ചാൽ ബ്രഹ്മനിഷ്ഠ നിലനിർത്താൻ കഴിഞ്ഞേക്കാമെന്ന് മാത്രം ആദ്യം തന്നെ കഥാഗോളത്തെ നിരൂപിക്കാം അതിൽ തന്നെ രസകരങ്ങളായ പല രഹസ്യങ്ങളും ഒളിഞ്ഞുകിടക്കുന്നു ദശരഥ മഹാരാജാവിന്റെ പ്രഥമപത്നിയും പട്ടമഹിഷിയും കൌസല്യാണ് വിവാഹം കഴിഞ്ഞ് വളരെക്കാലം കഴിഞ്ഞിട്ടും ഒരു പുത്രൻ ഉണ്ടാവാത്തതുകൊണ്ടും കൌസല്യ ഇനി പ്രസവിക്കില്ലെന്ന് തോന്നിയതുകൊണ്ടുമാണ് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചത് സുമിത്രയെ വിവാഹം കഴിക്കുമ്പോഴും കൌസല്യ പട്ടമഹിഷിയാണെങ്കിലും പുത്രനില്ലാത്തതുകൊണ്ട് സുമിത്ര പുത്രന് രാജ്യം കൊടുക്കാമെന്ന് പ്രതിജ്ഞയുണ്ട് എന്നാൽ സുമിത്രയിലും പുത്രനുണ്ടാവാതെ നിരാശപ്പെട്ട രാജാവ് അവസാനം വാർദ്ധക്യത്തിലാണ് യൌവനയുക്തയായ കൈകേയിയെ തൃതീയ പത്നിയാക്കി വിവാഹം കഴിച്ചത് ആദ്യത്തെ രണ്ട് പത്നിമാർക്കും സന്താനമില്ലാത്തതുകൊണ്ട് കൈകേയി പുത്രന് രാജ്യം കൊടുക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് വിവാഹം നടത്തിയത് നിർഭാഗ്യവശാൽ കൈകേയിയിലും പുത്രനുണ്ടായില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് അശ്വമേധവും പുത്രകാമേഷ്ടിയുമൊക്കെ നടന്നത് അതിന്റെ ഫലമായി രാജാവിന് നാല് പുത്രന്മാരുണ്ടായി നാല് പുത്രന്മാർ ജനിച്ചത് ഒരു പത്നിയിലല്ല മൂന്ന് ഭാര്യമാരിലും കൂടിയാണ് അപ്പോൾ മൂന്നാൾക്കും അവകാശപ്പെടാം രാജ്യത്തിന് തന്റെ പുത്രന് രാജ്യം കൊടുക്കണമെന്ന് ഓരോ രാജ്ഞിക്കും രാജാവിനെ നിർബന്ധിക്കാം അതിന് ന്യായവുമുണ്ട് അങ്ങനെ അവർ മൂന്നാളും കൂടി നിർബന്ധിക്കാനൊരുങ്ങുന്ന പക്ഷം രാജാവ് എന്തു ചെയ്യും വിഷമമായി ഈ ആലോചന പുത്രജനനം കഴിഞ്ഞ മുതൽക്ക് തന്നെ രാജാവിന് മനസ്സിൽ തട്ടിയിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ മുതൽക്ക് തന്നെ അതിനൊരു പോംവഴി കാണാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് പക്ഷേ പറയത്തക്ക രീതിയിൽ ഒന്നും ഇതുവരെ കണ്ടുകിട്ടിയിട്ടുമില്ല ഇനി ആലോചിക്കാൻ സമയമില്ല സന്ദർഭം വന്നുകഴിഞ്ഞു കുമാരന്മാരുടെ വിവാഹം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ആരെയെങ്കിലും അഭിഷേകം കഴിച്ച് യുവരാജാവാക്കാതെ നിർവാഹമില്ല ആരെയാണ് അഭിഷിക്തനാക്കേണ്ടത് ശ്രീരാമനാണ് ജ്യേഷ്ഠപുത്രൻ രാമനെ എല്ലാവർക്കും അതീവ പ്രിയവുമാണ് കൌസല്യയും സുമിത്രയും തമ്മിൽ വളരെ അടുത്ത സഖികളായതുകൊണ്ട് സുമിത്ര ഒരുപക്ഷെ സമ്മതിക്കുമായിരിക്കും എന്നാൽ കൈകയി സമ്മതിക്കുമെന്നതിനെന്താണ് തെളിവ് അല്ലെങ്കിൽ തന്നെ കൈകേയി മറ്റ് രണ്ട് രാജ്ഞിമാരെ പോലെയല്ല കുറച്ചധികം ഔദ്ധത്യമുള്ളവളാണ് അതിനാൽ കൈകേയിയോട് ഈ സംഗതി പറയാൻ തന്നെ രാജാവിന് ധൈര്യമില്ലെന്നാണിരിക്കുന്നത് ഇതിനൊക്കെ പുറമേ കൈകേയി വിവാഹത്തിന്റെ അടിയിൽ അതിപ്രധാനമായ മറ്റൊരു സംഗതി കൂടി ഒളിഞ്ഞുകിടക്കുന്നുമുണ്ട് അതാകട്ടെ ഇതിലൊക്കെ അധികം ഗൌരവമുള്ളതാണ് സംഗതി നിലവിലുള്ളപ്പോൾ ഒരിക്കലും കൈകേയി രാമന്റെ പട്ടാഭിഷേകത്തെ അനുവദിക്കാൻ പോകുന്നില്ല ഇതും രാജാവിനറിയാം കെ കെ രാജാവും മിഥില രാജാവും തമ്മിൽ വളരെ തലമുറകളായി തന്നെ അന്യോന്യ ശത്രുക്കളാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഭയങ്കര സംഘടനകളും യുദ്ധങ്ങളും എത്രയോ പ്രാവശ്യം കഴിഞ്ഞതാണ് രണ്ടാളും തുല്യ ബലവാന്മാരാണെന്നതുകൊണ്ട് ജയപരാജയങ്ങൾ രണ്ടും കൂടാതെ നിലനിന്നുവരികയാണ് തലമുറകളായി തന്നെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്തുത രണ്ടു രാജ്യങ്ങൾക്കും പ്രബലമായ ഒരു സഹായിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട് അയോധ്യ പ്രബലനാണ് പക്ഷേ അദ്ദേഹം രണ്ടാളെയും സഹായിക്കുകയോ എതിർക്കുകയോ രണ്ടും ചെയ്യാതെ നിഷ്പക്ഷനായിരിക്കെയാണ് പല തന്ത്രങ്ങളെ അദ്ദേഹത്തെ വശീകരിക്കാൻ രണ്ടാളും നോക്കാതിരുന്നിട്ടില്ല പക്ഷേ സാധിച്ചിട്ടില്ലെന്നേയുള്ളൂ അങ്ങനെ കഴിഞ്ഞുവരുമ്പോഴായിരുന്നു ദശരഥന്റെ മൂന്നാമത്തെ വിവാഹാലോചന പടുവൃദ്ധനായ അദ്ദേഹത്തിന് കന്യകയെ കൊടുക്കാൻ ആരും തയ്യാറായില്ല അപ്പോഴാണ് കെ കെ രാജാവ് ഇതേറ്റവും പറ്റിയ സന്ദർഭമാണെന്ന് കരുതി അതിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയത് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞാൽ തന്നെ മഹാഭാഗ്യമായെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം അതുകൊണ്ടാണ് അത്യന്തവാർദ്ധക്യം ബാധിച്ച ദശരഥന് തന്റെ ഇളം പ്രായമായ പുത്രിയെ മൂന്നാം വിവാഹത്തിന് കൊടുത്തത് അയോധ്യ രാജാവ് തന്റെ ബന്ധുവായാൽ സഹായിക്കാൻ വിരോധമില്ല സഹായിച്ചില്ലെങ്കിലും ശത്രുവായ മിഥില രാജാവിനോട് കൂടിച്ചേർന്ന് തന്നോട് എതിർക്കാൻ വരില്ലോ അതായിരുന്നു ഈ പുതിയ ബന്ധുത്വം കെ കെ രാജാവും അയോധ്യാരാജാവും തമ്മിൽ സ്ഥാപിക്കപ്പെട്ടുകഴിഞ്ഞാൽ മിഥില രാജാവ് അസ്വസ്ഥനാവും അദ്ദേഹം എന്തെങ്കിലും തകരാറുണ്ടാക്കാൻ ശ്രമിക്കും വെറുതെ അടങ്ങിയിരിക്കില്ലെന്നും കെ കയരാജാവിനറിയാം അതിനാൽ അദ്ദേഹം അങ്ങനെ സംഭവിക്കാതിരിക്കാനും വേണ്ടപ്പെട്ട മുൻകരുതലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൈകേയിയോട് വേണ്ട പോലെ ഗുണദോഷങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ വേണ്ട സന്ദർഭത്തിൽ വേണ്ടതുപദേശിക്കാനും വേണ്ടത് പ്രവർത്തിപ്പിക്കാനും പറ്റിയ ഒരു വിശ്വസ്ത ദാസിയെ കൂടി കൈകേയിയോടൊരുമിച്ച് അയോധ്യയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അവൾ മഹാരാജ്ഞിയുടെ ഒരു സേവിക എന്ന നിലയ്ക്ക് വളരെ പ്രൌഢിയോടുകൂടി ഒരു ദാസിയുടെ പദവിയിൽ നിന്നൊക്കെ ഉയർന്ന നിലയിൽ അരമനയിൽ കഴിഞ്ഞുവരികയും ചെയ്തിരുന്നു അവളാണ് മന്ധര് അങ്ങനെ കഴിഞ്ഞുവരുമ്പോഴാണ് രാജ്ഞിമാർക്ക് പുത്രന്മാരുണ്ടായതും അവർ യൌവനയുക്തന്മാരായതും കെ കെ രാജാവോ അയോധ്യാരാജാവോ പോലുമോ അറിയാതെ ശ്രീരാമന് വിവാഹം കഴിപ്പിച്ചു മിഥില രാജാവ് സീതാദേവി വരണമാല്യം ചാർത്തിയ ശേഷമാണ് ദശരഥൻ പോലും അറിയാനിടയായത് പിന്നീട് നാല് പുത്രന്മാരുടെയും വിവാഹവും നടന്നു നാല് രാജകുമാരന്മാരും ജനകന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു എന്ന് വന്നപ്പോൾ അയോധ്യ മുഴുവൻ മിഥിലാരാജാവിന് സ്വാധീനമായ പോലെയായി ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മന്ധര എന്ന് അതി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന ഒരു തോന്നൽ എല്ലാവർക്കും എന്നാൽ അതെന്താണ് എന്ന് വ്യക്തമായി ആർക്കും അറിഞ്ഞുകൂടാ ആകപ്പാടെ നീറിപ്പുകഞ്ഞ ഒരു അന്തരീക്ഷം ആർക്കും ഒന്നും തുറന്നു പറയാൻ ധൈര്യമില്ല അരമനയിൽ എന്തോ ഒരു കുഴപ്പം വരാൻ പോകുന്നുവെന്ന ഒരു തോന്നൽ പട്ടാഭിഷേകത്തെക്കുറിച്ച് പലരും അന്യോന്യം ചോദിക്കുന്നുണ്ട് പക്ഷേ ആർക്കുമൊന്നും അറിഞ്ഞുകൂടാ ഈ സന്ദർഭത്തിൽ ദശരഥ മഹാരാജാവ് സമർത്ഥമായൊരു പ്രയോഗിച്ചു അതായത് കൈകേയി പുത്രനായ ഭരതനെ സുമിത്രാപുത്രനായ ശത്രുഘ്നോടുകൂടി കേകേ രാജധാനിയിലേക്ക് പറഞ്ഞയച്ചു മാതൃഗൃഹത്തിൽ പോവുന്നതും അമ്മാവനോട് ഒരുമിച്ച് താമസിക്കുന്നതും രാജകുമാരന്മാർക്ക് ഹിതമായിരിക്കുമല്ലോ സുമിത്രയുടെ രണ്ട് പുത്രന്മാരാണ് ലക്ഷ്മണനും ശത്രുഘ്നും ലക്ഷ്മണൻ ശ്രീരാമനോടും ശത്രുഘ്നൻ ഭരതനോടും ഏറ്റവും അടുത്തു പെരുമാറുന്നവരാണ് അതിനാൽ ലക്ഷ്മണനെ ഭയപ്പെടേണ്ടതില്ല ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ ലക്ഷ്മണൻ അനുകൂലിയായേയിരിക്കൂ എന്നാൽ ഭരതശത്രുഘനന്മാരുടെ സ്ഥിതി അറിഞ്ഞുകൂടാ ഏതായാലും അവർ തൽക്കാലം അകന്നിരിക്കുന്നത് നല്ലതാണ് ഈ നിലയ്ക്കാണ് രാജാവ് ഭരതശത്രുഘനന്മാരെ കൈകേയുടെ പിതൃഗൃഹത്തിലേക്ക് അയച്ചത് ഇങ്ങനെ ഭരതശത്രുഘനന്മാരെ പോലും അകറ്റിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് മഹാരാജാവ് ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് ശ്രീരാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചത് നടന്നുകഴിഞ്ഞാൽ പിന്നെ സാരമില്ല അതിനു പലരും അറിഞ്ഞാൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് കഴിയുന്നതും ആരെയും അറിയിക്കാതെ വിവാഹത്തെപ്പോലെ തന്നെ രാമചന്ദ്രന്റെ പട്ടാഭിഷേകവും സൂത്രത്തിൽ കഴിയണമെന്ന ഉദ്ദേശത്താലായിരുന്നു മഹാരാജാവ് ഒരു ദിവസം വൈകുന്നേരം രാജ്യസഭയിൽ വച്ച് പിറ്റേന്ന് കാലത്ത് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്താൻ തീർച്ചപ്പെടുത്തിയത് രാജാവിന്റെ കൽപ്പന കിട്ടിയതോടെ മന്ത്രിമാരും പൊതുജനങ്ങളും ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങി അരമനയും പട്ടണവും മുഴുവൻ അലങ്കരിക്കുക എല്ലായിടത്തും തോരണങ്ങളും കൊടിക്കൂറകളും കെട്ടുക രാജമാർഗങ്ങൾ പ്രത്യേകമായി അലങ്കരിക്കുക തുടങ്ങിയ പ്രാഥമിക പരിപാടികൾ ജാഗ്രതയായി നടക്കാൻ തുടങ്ങി പിറ്റേന്ന് പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നുവെന്ന വർത്തമാനം ക്ഷണനേരം കൊണ്ട് പട്ടണം മുഴുവൻ പരന്നു ജനങ്ങൾ ഉത്സാഹഭരിതരായി രാജഭടന്മാർ ജാഗ്രതയായി അങ്ങിഞ്ഞ് ഓടുകയും പലതും ഒരുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്താണ് മന്ധര കൈകേയുടെ അന്തപുരത്തിലേക്ക് പോവാൻ വേണ്ടി രാജമാർഗത്തിലേക്ക് ഇറങ്ങിയത് യാദൃച്ഛിയമായി ശ്രീ നാരദ മഹർഷിയും അപ്പോൾ അയോധ്യയിലെത്തി മന്ധര ജനങ്ങളുടെ മുഖത്തുനിന്ന് സംഗതികളൊക്കെ മനസ്സിലാക്കി എന്തോ തലയാട്ടി മൂളിക്കൊണ്ട് അന്തപുരത്തിലേക്ക് പോയി ശ്രീ നാരദ മഹർഷിയും പൌരമുഖത്ത് നിന്ന് വർത്തമാനം ഗ്രഹിച്ചപ്പോൾ എന്തോ വിചാരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ അരമനയിലേക്കും പോയി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഗൃഹസ്ഥനായതിനുശേഷം ആദ്യമായി തന്റെ ഗൃഹത്തിലേക്ക് വരുന്ന മഹാത്മാവായ ശ്രീനാരദ മഹർഷിയെ വേണ്ട പോലെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് പാദപൂജയും മറ്റും ചെയ്ത് ഉചിതമാമണ്ണം സൽക്കരിച്ചു ഭഗവാന്റെ ആതിഥ്യം സ്വീകരിച്ച നാരദ മഹർഷി സന്തുഷ്ടനും കൃതാർത്ഥനുമായി അനന്തരം ദിവ്യമഹിമകളെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു പിന്നീട് അവിടുത്തെ അവതാര ഉദ്ദേശ്യത്തെ ഓർമ്മിപ്പിച്ചു രാവണാദി ദുഷ്ടരാക്ഷസന്മാരെ കൊന്ന് ജഗത്തിന്റെ ക്ഷേമത്തെ നിലനിർത്താൻ വേണ്ടി ബ്രഹ്മാദിദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടാണ് അവിടുന്ന് ദശരഥപുത്രനായി അവതരിച്ചത് രാവണാദികളെ കൊന്ന് ജഗത്തിനെ പരിപാലിക്കാമെന്ന പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഈ അവതാരത്തിലെ മുഖ്യപ്രയോജനം രാവണാദികളെ കൊല്ലലാണെന്ന് മറന്നുകൂടാ എന്നാൽ അതിന് തടസ്സമായി തീരുന്നു ഇപ്പോഴത്തെ സംരംഭം വിവാഹം കഴിഞ്ഞു അതുതന്നെ മുഖ്യമായ ഒരു തടസ്സമായി തീർന്നിട്ടുണ്ട് ഒരെങ്കിൽ നാളെക്കാലത്ത് പട്ടാഭിഷേകവും നടക്കാൻ പോകുന്നു അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് എങ്ങനെയാണ് രാവണാദികളെ സമീപിക്കുകയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ മുഖ്യമായ ഉദ്ദേശ്യം മറക്കരുത് എന്നായിരുന്നു ശ്രീ നാരദമഹർഷിയുടെ ഉദ്ബോധനം ഭഗവാൻ അതൊക്കെ കേട്ട് ശ്രീ നാരദമഹർഷിയെ അനുഗ്രഹിച്ചു അനന്തരം അരുളി ബ്രഹ്മാതിദേവന്മാരുടെ അപേക്ഷയും അവരോട് ചെയ്ത പ്രതിജ്ഞയും എല്ലാം ഓർമ്മയുണ്ട് അത് നിർവഹിക്കാനുള്ള അവസരവും കാത്തിരിക്കുകയാണ് അവസരം വന്നുകഴിഞ്ഞു നാളെ പുറപ്പെടാറായി അഭിഷേകത്തിന് ഒക്കെ ഒരുക്കട്ടെ അതൊന്നും നടക്കാൻ പോകുന്നില്ല നാളെക്കാലത്ത് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ് രാവണൻ തുടങ്ങിയ എല്ലാ ദുഷ്ടരാക്ഷസന്മാരെയും കൊന്നു മുടിച്ചതിനു ശേഷമേ മടങ്ങിവരൂ നാരദ മഹർഷിക്ക് വളരെ സന്തോഷമായി അദ്ദേഹം ഭഗവാനോട് യാത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോയി അന്തപുരത്തിലേക്ക് ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പോയ മന്ധര പരിഭ്രമത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് മഹാരാജ്ഞിയുടെ മുന്നിലെത്തിയത് മന്ധരയുടെ സംഭ്രമാകുലമായ വരവും പെരുമാറ്റവും കൈകേയെ സംശയാകുലയാക്കി തീർത്തു സംഗതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ രാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്തയെ വളരെ ഭയപരിഭ്രമങ്ങളോടെ മന്ധര രാജ്ഞിയെ അറിയിച്ചു പിതൃഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദിവസമായി ഒന്നും ആലോചിക്കാതെ ഉല്ലാസമായി കഴിഞ്ഞുവരുന്നതിനാൽ പൂർവകഥകൾ കുറേയൊക്കെ മറന്ന നിലയിലായിരുന്നു ശ്രീരാമചന്ദ്രൻ തന്റെ പുത്രനല്ലെങ്കിൽ കൂടി തന്റെ പുത്രനേക്കാൾ കൂടുതൽ മമതയും സ്നേഹവാത്സല്യങ്ങളും രാമങ്കൽ ഉണ്ടുതാനും പ്രസ്തുത രണ്ട് കാരണങ്ങളെക്കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്ത കേട്ടതോടെ കൈകേയിക്ക് അസാധാരണ സന്തോഷമാണുണ്ടായത് അതിന്റെ ഫലമായി വർത്തമാനം അറിയിക്കപ്പെട്ടപ്പോൾ സന്തോഷാതിരേകത്താൽ കൈകേയി മന്ധരയ്ക്ക് തന്റെ കണ്ഠത്തിൽ നിന്ന് മുത്തുമാലയൂരി സമ്മാനം കൊടുക്കുകയാണുണ്ടായത് അത് കണ്ടപ്പോൾ തന്നെ മന്ധരയ്ക്ക് ദേഷ്യം വന്നു അനന്തരം രാജ്ഞിയെ കുറെ ഗുണദോഷിച്ചു പറഞ്ഞു വൃദ്ധനായ രാജാവിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് പോന്നത് തന്നെ കൂടി ഇങ്ങോട്ടയച്ചതെന്തിനാണെന്നും പിതൃരാജ്യത്തിന്റെ സ്ഥിതി എന്താണെന്നും ഓർമ്മിപ്പിച്ചു മന്ധര മാത്രമല്ല പട്ടാഭിഷേകം കൂടെ കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥിതി എന്താണ് ശ്രീരാമൻ രാജാവും സീത മഹാരാജ്ഞിയും കൌസല്യ രാജമാതാവുമായാൽ പിന്നത്തെ കഥ പറയാനുണ്ടോ ഭരതൻ രാമന്റെ ഭൃത്യനോ അല്ലെങ്കിൽ തിരസ്കൃതനോ ആവും കൈകേയിക്ക് ജീവിതാശയുണ്ടെങ്കിൽ കൌസല്യയുടെ ദാസിയുമാവും കെ കെ രാജ്യം മിഥില രാജാവ് പിടിച്ചെടുക്കുകയും ചെയ്യും അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്തുവന്നാലും രാമന്റെ പട്ടാഭിഷേകം മുടക്കിയേ തീരൂ മഹാരാജാവും കൌസല്യയും കൂടി വളരെ രഹസ്യമായി ആലോചിച്ച് തീർച്ചപ്പെടുത്തിയതായിരിക്കണം ഈ സംഗതി അതാണ് ഭരതനെപ്പോലും കേകയത്തേക്കയച്ച് ആരുമില്ലാത്ത സന്ദർഭം നോക്കി പെട്ടെന്ന് പട്ടാഭിഷേകം നിശ്ചയിച്ചത് അതിനാൽ എന്ത് ചെയ്തും ഈ സംരംഭം തടഞ്ഞേ തീരൂ എങ്ങനെയും ഇതനുവദിക്കാൻ വയ്യ ഒരിക്കൽ തന്നെ ഒരു വലിയ ചതി പറ്റിക്കഴിഞ്ഞു വിവാഹം അതിലും വലിയ കൊടും ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് തടയുക തന്നെ വേണം എന്നിങ്ങനെയുള്ള മന്ധരയുടെ വാക്ക് നല്ല കണക്കിൽ കൊണ്ടു കൈകേക്കും അത് വളരെ ശരിയാണെന്നും മന്ധരയാണ് തന്റെ ഇഷ്ടബന്ധുവെന്നും തോന്നി അതിനാൽ രാജ്ഞിയും സംഗതി കുറെ ഗൌരവമായി കരുതി അതിനാൽ എന്താണ് നിവൃത്തിയെന്ന് അന്വേഷിച്ചു മന്ധര തന്നെ അതിനുള്ള നിവൃത്തിയും പറഞ്ഞുകൊടുത്തു പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവ് ദേവന്മാരുടെ ഭാഗത്ത് ചേർന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തേർച്ചക്രത്തിന്റെ ആണി വീണുപോയി ആ സമയത്ത് കൈകേയിയും രാജാവ് ഒന്നിച്ച് പേരിലുണ്ടായിരുന്നു വേഗത്തിൽ തേർ വീണുപോവാനോ യുദ്ധം നിർത്താനോ ഇടവരാതെ മഹാരാജാവ് അറിയാതെ തന്നെ കൈകേയി തന്റെ കൈവിരിൽ ആണിയുടെ സ്ഥാനത്തിട്ടു യുദ്ധം കഴിയുന്നതുവരെ തേർ നടത്തിവന്നു യുദ്ധം അവസാനിച്ച് മടങ്ങുമ്പോഴാണ് രാജാവ് ഈ അത്യാഹിത സംഭവത്തെക്കുറിച്ചറിഞ്ഞത് സന്തോഷഭാരത്തോടുകൂടി കൈകേയിയെ വളരെ അനുമോദിച്ചു സമ്മാനമായി രണ്ടു വരങ്ങളും കൊടുത്തു ഇഷ്ടമുള്ളതെന്തായാലും സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസ്തുത രണ്ടു വരങ്ങളെ ആവശ്യമുള്ളപ്പോൾ വരിച്ചോളാമെന്ന് പറഞ്ഞ് രാജാവിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തത് ഈ സംഗതി എന്നോ നടന്ന കഥയാണ് എങ്കിലും മന്ധരയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ട് അതിനെ പറഞ്ഞുകൊടുത്തു മന്ധര ആ രണ്ടു വരങ്ങളും ഇപ്പോൾ വരിക്കണം അതിൽ ഒന്നുകൊണ്ട് ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കലും മറ്റൊന്നുകൊണ്ട് ശ്രീരാമൻ മുന്വൃത്തിയോടുകൂടി പതിനാല് സംവത്സരം കാട്ടിൽ താമസിക്കലും ഇങ്ങനെ രണ്ട് രൂപത്തിൽ വരിച്ചാൽ മതി അത് ഇന്ന് കഴിയണം പ്രഭാതത്തിൽ രാമൻ കാട്ടിലേക്ക് പോകണം ഭരതൻ അഭിഷിക്തനുമാവണം ഇതേ മാർഗമുള്ളൂ എന്നുപദേശിച്ചു കൊടുത്തു മന്ധര കൈകേക്കും അത് ബോധ്യമായി മന്ധരയെ അഭിനന്ദിച്ചു രാജാവ് വരുമ്പോഴേക്ക് വരം വരിക്കാൻ പറ്റുന്ന തോതിൽ വ്യസനത്തോടും ക്രോധത്തോടും കൂടി നിലത്ത് വീണുരുണ്ട് നിലവിളിച്ച് തയ്യാറായി കിടന്നു കൈകൈ വൈകുന്നേരം രാജ്യസഭയിലെ തിരക്കിട്ട ജോലികളൊക്കെ കഴിഞ്ഞ് മഹാരാജാവ് നിത്യകർമ്മവും അത്താഴവും കഴിച്ച് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൈകേയുടെ യാത്രയായത് എന്തെല്ലാമോ അസ്വാസ്ഥ്യങ്ങൾ രാജാവിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അതിനാൽ മനസ്സ് കിടന്ന് പിടയ്ക്കുകയാണ് തീരസമാധാനമില്ല കൈകേയി വിവരമറിയുമ്പോൾ എന്തു പറയുമെന്ന ഭയം അദ്ദേഹത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ രാമചന്ദ്രന് പട്ടാഭിഷേകം വേണമെന്ന് തീർച്ചപ്പെടുത്തിയത് തീർച്ചപ്പെടുത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എല്ലായിടത്തും അറിഞ്ഞുകഴിഞ്ഞു പട്ടണം മുഴുവൻ ഉത്സാഹവും ബഹളവുമായിട്ടുണ്ട് എങ്കിലും പ്രത്യേകം ആളെ അയച്ചിട്ടില്ലാത്തതിനാൽ കൈകേയുടെ അന്തപുരത്തിൽ അറിഞ്ഞിരിക്കാൻ കാരണമില്ല താൻ തന്നെ വന്നറിയിക്കാമെന്ന് വച്ച് മഹാരാജാവ് കരുതിക്കൂട്ടി തന്നെ ആളെ അയക്കാതിരുന്നതാണ് പ്രതികൂല അഭിപ്രായമുണ്ടെങ്കിൽ കൂടി രാത്രിയിൽ എന്ത് ചെയ്യാനാണ് പ്രഭാതത്തിൽ പട്ടാഭിഷേകം കഴിയുകയും ചെയ്യും കാര്യം നടന്നതിനുശേഷം എന്ത് ചെയ്താലും വൈഷമ്യമില്ല അതിനാൽ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ അഭിഷേകം കഴിയട്ടെ എന്നൊക്കെയായിരുന്നു മഹാരാജാവിന്റെ ആലോചന എങ്കിലും കൈകേയെ ഭയമുണ്ടതാനും അതാണ് നേരത്തെ അറിയിക്കാതിരിക്കാൻ കാരണം തീർച്ചപ്പെടുത്തി കഴിഞ്ഞ ഉടനേ കൌസല്യയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വിഘ്നങ്ങളൊന്നും കൂടാതെ അഭിഷേകം മംഗളപരമായി കഴിയാൻ വേണ്ടി അപ്പോൾ തന്നെ കൌസല്യാദേവി പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ് രാജാവ് കൌസല്യയെയോ ശ്രീരാമചന്ദ്രനെയോ കാണാൻ നിൽക്കാതെ ബന്ധപ്പെട്ടുകൊണ്ട് കൈകേയുടെ അന്തപുരത്തിലേക്കാണ് യാത്രയായത് മന്ധരയെ രാജാവിൻ ഓർമ്മയുണ്ട് എങ്കിലും ഈ വിഷമഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു വിചാരം ഇങ്ങനെ ഒരു കടുങ്കൈ പ്രയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് തന്റെ സാഹസപ്പെട്ട പ്രയത്നത്തെ മുഴുവൻ മന്ധര തുരങ്കം വെച്ച് പൊളിക്കുമെന്ന് രാജാവ് ഓർത്തിട്ടുണ്ടായിരുന്നില്ല അതിനാൽ എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ പിന്നീടുണ്ടായാലും തൽക്കാലം വിജയം കൈവന്ന ഒരു ഭാവം രാജാവിനുണ്ടായിരുന്നു പതിവായി തന്റെ വരവിനെയും പ്രതീക്ഷിച്ചു നിൽക്കാറുള്ള രാജ്ഞിയെ അന്തപ്പുരത്തിൽ എത്തിയിട്ടും കാണാതിരുന്നപ്പോൾ രാജാവിന്റെ ആകപ്പാട് പരിഭ്രമമായി എന്ത് പറ്റിയെന്ന ശങ്ക രാജാവിനെ അസ്വസ്ഥനാക്കി ദാസിമാരോട് അന്വേഷിച്ചു മഹാരാജ്ഞി എവിടെയെന്ന് ക്രോധവ്യസന പരവശയായി നിത്യകർമ്മങ്ങൾ പോലും ചെയ്യാതെ നിലത്തുകിടന്നുരുണ്ട് നിലവിളിക്കുന്നുവെന്നാണ് അവർ ഭയാശങ്കകളോടെ രാജാവിനെ അറിയിച്ചത് ആശങ്കയും പരിഭ്രമവും ഒന്നുകൂടി വർദ്ധിച്ചു മഹാരാജാവിന് തന്റെ പരിഭ്രമത്തെ വെളിപ്പെടുത്താതെ ധൈര്യം രാജ്ഞിയുടെ അടുക്കിലേക്ക് നീങ്ങി മധുരമധുരങ്ങളും ശീതളങ്ങളുമായ സാന്ത്വന വാക്കുകളെ കൊണ്ട രാജ്ഞിയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി ഹണം വിടർത്തി ചീറ്റുന്ന ഈറ്റുപാമ്പ് പോലെ ഭയങ്കരിയായി തീർന്ന കൈകേയുണ്ടോ അതുകൊണ്ടൊക്കെ സമാധാനിക്കുന്നു എന്തു പറഞ്ഞാലും അടങ്ങാതെയും സമാധാനിക്കാതെയും അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞും നിലത്തുകിടന്നുരുണ്ടും മാറത്തടിച്ചും രാജാവിനെ പരുഷമായി നോക്കിയും കുളത്തിനെ ആനയെന്ന പോലെ ദശരഥന്റെ മനസ്സിനെ കലക്കി മറിച്ചു അദ്ദേഹം അത്യന്ത പരിഭ്രാന്തനായി എന്ത് ചെയ്യേണ്ടൂ എന്നറിയാതെ വിഷമിച്ചു എന്തു കാരണത്താലാണ് ഈ ഭാവപകർച്ചയെന്നറിയാൻ തന്നെ കഴിഞ്ഞില്ല പലപാട് ചോദിച്ചിട്ടും പല പ്രതിജ്ഞകളും ചെയ്തിട്ടും രാജാവിനോട് സംസാരിച്ചില്ല കൈകേയി അവസാനം വളരെ പ്രതിജ്ഞകളൊക്കെ ചെയ്തും താണു കേണപേക്ഷിച്ചും രാജാവ് ഒരുവിധം മഹാരാജ്ഞിയെ പ്രീതിപ്പെടുത്തിയതിന്റെ ഫലമായാണ് ഒടുവിൽ കൈകേയി സംസാരിച്ചത് പണ്ട് തനിക്ക് ദാനം ചെയ്തതും രാജാവിൽ തന്നെ സൂക്ഷിച്ചിരിപ്പുള്ളതുമായ രണ്ടു വരങ്ങൾ തരാത്തതുകൊണ്ടാണ് ഈ വിഷമഭാവമെന്നാണ് രാജ്ഞിയുടെ ആവലാതിയുടെ ചുരുക്കം അത് കേട്ടപ്പോൾ ദശരഥന് കുറെ സമാധാനമായി എന്തെങ്കിലും വല്ലതും ആവശ്യമുണ്ടാവും അത് വേഗത്തിൽ സാധിക്കാനുള്ള തന്ത്രമാണ് ഈ വാശിയെന്നേ കരുതിയുള്ളൂ അതിനാൽ പണ്ടത്തെ രണ്ട് വരപ്രതിജ്ഞകൾ ഇപ്പോൾ തന്നെ സാധിപ്പിച്ചു കൊടുക്കാം എന്താണ് വേണ്ടതെന്ന് പറയേണ്ട താമസമേ ഉള്ളൂ എന്നായി രാജാവ് ഈ പ്രതിജ്ഞ കൂടി കേട്ടപ്പോൾ കൈകേയിയ്ക്ക് തികച്ചും ധൈര്യമായി കരച്ചിലൊക്കെ പോയി ഗൌരവത്തോടെ മഹാരാജാവിന്റെ മുഖത്തു നോക്കി എന്നാൽ അതിൽ ഒരു വരം കൊണ്ട് ഇപ്പോൾ ഒരുക്കിയ അഭിഷേക സംരംഭങ്ങളെക്കൊണ്ട് തന്റെ പുത്രനായ ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യുകയും രണ്ടാമത്തേതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ മുൻവൃത്തിയായി പതിനാല് കൊല്ലം കാട്ടിൽ താമസിക്കുകയുമാണ് വേണ്ടതെന്ന് വളരെ ധൈര്യത്തോടും ഗൌരവത്തോടും പറഞ്ഞ് അവസാനിപ്പിച്ചു കൈകൈ ചെവിയിൽ വജ്രായുധം തറച്ച പോലെ രാജാവ് കൈകൈയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ മോർച്ചു വീണു വീണ്ടും ബോധമുണ്ടായപ്പോൾ ഭ്രാന്തനെന്ന പോലെ നിലത്തുകിടന്നുരുണ്ട് നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ കൈകേയിക്ക് അൽപ്പം പോലും അനുകമ്പയോ സഹതാപമോ തോന്നിയില്ല പലപാട് രാജാവ് കൈകയോട് താണപേക്ഷിച്ചു ഈ പ്രതിജ്ഞയൊന്ന് മാറ്റാൻ പക്ഷേ കൈകേയിൽ അല്പം പോലും അലിവ് കണ്ടില്ല രാജാവ് പരവശനായി തന്റെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നു മാത്രമല്ല പ്രാണതുല്യനായ രാമചന്ദ്രനെ പോലും വിട്ടുപിരിയണമെന്നാണ് വന്നിരിക്കുന്നത് പലതും പറഞ്ഞ് നിലവിളിച്ചും ഭ്രാന്തന്റെ മാതിരി വീണുരുണ്ടും വ്യസനഭാരത്താൽ തളർന്ന് വിവശനായി കൈകേയിയോട് പലപാടപേക്ഷിച്ചും ഫലമില്ലാതെ നിരാശനായും നിലവിളിച്ചുകൊണ്ട് തന്നെ നേരം പ്രഭാതമാക്കി അപ്പോഴും കൈകേയി ഗൌരവത്തിൽ രാജാവിനെ നോക്കിയിരിക്കലും രാജാവ് കിടന്ന് നിലവിളിക്കലും തന്നെ പ്രഭാതത്തിൽ അഭിഷേകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു മന്ത്രിമാരും സാമന്തന്മാരും പൌരപ്രധാനികളും മഹാരാജാവിന്റെ വരവും നോക്കി നിൽക്കുകയാണ് സമയം അതിക്രമിച്ചിട്ടും രാജാവിനെ കാണാനില്ല എല്ലാവരും പരിഭ്രാന്തരായി അവസാനം സുമന്ത്രൻ തന്നെ മഹാരാജാവിനെ അന്വേഷിച്ചു പുറപ്പെട്ടു മന്ത്രി അന്തപുരത്തിൽ കടന്നു മഹാരാജാവെന്താണ് പുറത്തുവരാത്തതെന്ന് രാജ്ഞിയോട് തന്നെ ചോദിച്ചു രാത്രിയിലെ ഉറക്കമിളപ്പം രാമന് വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്ന ഭയവും മൂലം രാജാവ് അസ്വസ്ഥനായിരിക്കെയാണ് അതിനാൽ വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവരും എന്നാൽ കാര്യങ്ങളൊക്കെ ശരിപ്പെടും എന്ന് പറഞ്ഞു സുമന്ദ്രന് പൂർവാധികം പരിഭ്രമമായി രാജകീയങ്ങളായ എല്ലാ കാര്യങ്ങളുടെയും ചരടു വലിക്കുന്ന ആളാണല്ലോ മന്ത്രിമുഖനായ സുമന്ദ്രൻ കൈകയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ എന്തോ തകരാറുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അതെത്രത്തോളമുണ്ടെന്നും ഏത് രൂപത്തിലാണെന്നും മാത്രമേ ഇനി അറിയേണ്ടതു പരിഭ്രാന്തനായ സുമന്ദ്രൻ വേഗത്തിൽ രാമചന്ദ്രനെയും കൂട്ടി അന്തപുരത്തിലെത്തി ശ്രീരാമചന്ദ്രൻ ഭയപരിഭ്രമങ്ങളോട് പിതാവിനെയും കൈകേയിമാതാവിനെയും നമസ്കരിച്ചു രാമഭദ്രനെ കണ്ടപ്പോഴേക്കും രാജാവ് വ്യസനാക്രാന്തനായി ഉറക്ക നിലവിളിക്കുകയും പലതും പുലമ്പുകയും ചെയ്തു കാര്യമൊന്നും മനസ്സിലാവാതെ ശ്രീരാമചന്ദ്രൻ കൈകേയിയോട് വർത്തമാനം എന്താണെന്നും മഹാരാജാവ് എന്തിനാണ് വ്യസനിക്കുന്നതെന്നും അന്വേഷിച്ചു രാജാവിന്റെ വ്യസനത്തിന് കാരണം നീ തന്നെയാണെന്നാരംഭിച്ച കൈകേയി കാര്യമെല്ലാം പറഞ്ഞു കാര്യമറിഞ്ഞതോടെ ഭഗവാൻ അച്ഛനെ സമാധാനിപ്പിക്കാൻ പരിശ്രമിച്ചു തുടങ്ങി കാട്ടിലേക്ക് പോകുന്നത് തനിക്കേറ്റവും സന്തോഷമാണെന്നും അച്ഛന്റെ സത്യത്തെ പരിപാലിക്കാൻ വേണ്ടി കാട്ടിൽ പോയി പതിനാല് കൊല്ലം കഴിച്ചുകൂട്ടുകയെന്നത് മഹത്തായ ഒരു അനുഗ്രഹമാണെന്നും മറ്റും പറഞ്ഞു ഏതായാലും ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോവാൻ സന്നദ്ധനായി അമ്മയോടും സീതാദേവിയോടും യാത്ര പറഞ്ഞ് ഉടനെ വരാമെന്നും പറഞ്ഞ് വേഗത്തിൽ കൌസല്യാദേവിയുടെ അന്തപ്പുരത്തിലേക്ക് യാത്രയായി തലേദിവസം വൈകുന്നേരം ഭഗവാന്റെ പട്ടാഭിഷേക വാർത്ത കേട്ട തന്നെ അതിന്റെ നിർവിഘ്ന പരിസമാപ്തിക്കുവേണ്ടി കൌസല്യാദേവി ദേവീ പ്രാർത്ഥന ആരംഭിച്ചതാണ് നേരം പുലർന്നത് അറിഞ്ഞിട്ടില്ല ഭക്തിപരവശയായി ചിത്തം മുഴുവൻ മംഗളസ്വരൂപിണിയായ ദേവിയിൽ തന്നെ മുഴുക്കിയിരിക്കെയാണ് അതിനാൽ ശ്രീരാമചന്ദ്രൻ മുന്നിൽ വന്നു നിന്നതുപോലും കണ്ടില്ല സമീപത്തുണ്ടായിരുന്ന സുമിത്ര പറഞ്ഞിട്ടാണറിഞ്ഞത് ഉടനെ കൺമിഴിച്ച് വാത്സല്യ പുത്രനെ ആലിംഗനം ചെയ്യാൻ ഓടിവന്നു ഭഗവാൻ കൌസല്യാദേവിയോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ഇടിവെട്ടിയ മരം പോലെ ദേവി സ്തബ്ധയായി ഏതായാലും സമാധാന വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ചു ലക്ഷ്മണനെയും സീതാദേവിയെയും കൂട്ടി തയ്യാറായി വീണ്ടും അന്തപുരത്തിൽ രാജകീയ വേഷങ്ങളെയും ചിഹ്നങ്ങളെയും മുഴുവൻ പരിത്യജിച്ചു കൈകേയി കൊടുത്ത മരൂരിയും ധരിച്ച് ശ്രീരാമൻ കാട്ടിലേക്ക് യാത്രയായി കഥാഗോളത്തിന്റെ ഏതാണ്ടൊരു സ്വരൂപമാണിത് പ്രപഞ്ച അനുഭവങ്ങളെയും ലോകവ്യവഹാരത്തെയുമാണ് ഇവിടെ കാട്ടിലേക്കുള്ള പോക്കും വനവാസവുമായി ഉപന്യസിച്ചിരിക്കുന്നത് ജീവൻ ജ്ഞാനസമ്പന്നനായാലും പ്രാരാബ്ധം വിടുന്നില്ല അനുഭവിച്ചു തന്നെ തീരേണ്ടിയിരിക്കുന്നു പ്രാരാബ്ധത്തെയാണ് കൈകേയിയായി ചിത്രീകരിച്ചിരിക്കുന്നത് ജന്മാന്തര വാസനകളാണ് പ്രാരാബ്ധത്തിനടിസ്ഥാനം അതാണ് മന്ധര മന്ധരയിൽ കൂടിയാണ് കൈകേയി വികസിക്കുന്നത് കൈകേയിയുടെ അഭിപ്രായങ്ങൾക്ക് രൂപം കൊടുത്തതും അവയെ പ്രബലങ്ങളാക്കിയതും മന്ധരയാണ് വാസനയാണ് പ്രാരാബ്ധകർമ്മങ്ങളെ രൂപം കൊടുത്ത് അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് കൊണ്ടുവന്ന് പ്രബലമാക്കി തീർക്കുന്നത് ബ്രഹ്മവിദ്യയായ സീതാദേവിയെ വരിച്ചിട്ടും കാട്ടിലേക്ക് പോവേണ്ടി വന്നത് ജ്ഞാനമുണ്ടായാലും പ്രാരാബ്ധം അനുഭവിച്ചു തീരണം എന്നതിന്റെ സൂചനയാണ് കൌസല്യേയും സുമിത്രയേയും ഭയപ്പെടേണ്ടതില്ലെന്നും കൈകേയാണ് ഭയമെന്നും ആദ്യം പറഞ്ഞുവല്ലോ ജ്ഞാനമുണ്ടായാൽ സഞ്ജിതാഗന്തുകങ്ങളായ കർമ്മത്തിന്റെ രണ്ട് ഘടകങ്ങളെ ജയിക്കാം എന്നാലും പ്രാരാബ്ധം അനുഭവിച്ചു തന്നെ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ജ്ഞാനം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ശരീരധർമ്മങ്ങൾ മാനിക്കപ്പെടാൻ പോകുന്നില്ല ശരീരധർമ്മങ്ങളുടെ അവഗണന കൊണ്ട് ശരീരം തന്നെ തപിക്കാൻ തുടങ്ങും ക്രമേണ ശരീരാഭിമാനം തന്നെ ചുരുങ്ങിച്ചുരുങ്ങി ഇല്ലാതായി തീരും അതാണ് ദശരഥ മഹാരാജാവിന്റെ അഭീഷ്ടം നിറവേറ്റാതാവുകയും അദ്ദേഹം തപിക്കാനും ക്ഷയിക്കാനുമൊക്കെ ഇടയാവുന്നതും ശരീരത്തെയാണല്ലോ ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നത് രാമനും സീതയും യോജിച്ച് ദൃഢപ്പെട്ടപ്പോൾ ദശരഥൻ തപിക്കാൻ തുടങ്ങി ജീവൻ ജ്ഞാനസമ്പന്നനായാൽ ശരീരധർമ്മങ്ങൾ നിരസിക്കപ്പെടുമെന്നർത്ഥം ഭരതശത്രുഘ്നന്മാർ കേകയത്തിലാണ് പ്രാജ്ഞ തൂരീയ ഭാവങ്ങൾ പ്രാരാബ്ധത്തിൽ മറയപ്പെട്ടു രാമലക്ഷ്മണന്മാർ കട്ടിലേക്കും പോയി വിശ്വതൈജസന്മാർ പ്രാരാബ്ധ അനുഭവങ്ങളിൽ മുഴുകുകയും ചെയ്തു എങ്കിലും ബ്രഹ്മവിദ്യയും ജ്ഞാനാനുഭൂതിയുമുള്ളതിനാൽ പ്രാരാബ്ധ അനുഭവങ്ങൾ ക്ലേശകരങ്ങളാവുന്നില്ല സീത ഒരുമിച്ചുണ്ടായിരുന്നതിനാൽ കാട്ടിലും ദുഃഖമില്ലെന്ന് ശ്രീരാമൻ തന്നെ പറഞ്ഞുവല്ലോ ശൃംഗിവേരപുരമെന്ന ഗ്രാമത്തിൽ മുക്കുവന്മാരുടെ അധിപതിയായി ഗുഹനെന്നൊരു ഗ്രാമനാഥനുണ്ട് ഗംഗാതീരത്താണ് പ്രസ്തുത ഗ്രാമം കാട്ടിലേക്ക് പോവാൻ പുറപ്പെട്ട പിറ്റേ ദിവസം വൈകുന്നേരം അവിടെയാണ് ശ്രീരാമനും സംഘവും എത്തിച്ചേരുന്നത് പുറപ്പെട്ട ദിവസം വൈകുന്നേരം ഒരു നദിക്കരയിൽ വിശ്രമിച്ചു പ്രഭാതത്തിനു മുമ്പ് തന്നെ തന്നെ അനുയാത്ര ചെയ്തവരെയൊക്കെ വിട്ടു ശ്രീരാമൻ സുമന്ദ്രനെയും മടക്കിയയച്ചു സീതാ ലക്ഷ്മണന്മാരെ മാത്രം ഒരുമിച്ചു കൂട്ടി പുഴ കടന്നുപോയി അന്ന് വൈകുന്നേരം ശൃംഗിവേരപുരത്താണ് എത്തി താമസിക്കുന്നത് വർത്തമാനമറിഞ്ഞ ഗുഹൻ പല സൽക്കാരങ്ങളും ചെയ്യാനൊരുങ്ങിയെങ്കിലും ഭഗവാൻ ഒന്നും സ്വീകരിച്ചില്ല എല്ലാം നിരസിക്കപ്പെടുകയാണുണ്ടായത് ജ്ഞാനഗംഗയുടെ അപ്പുറത്താണ് സംസാരവനം ജ്ഞാനപദവിയിൽ നിന്ന് സംസാരക്കാട്ടിലേക്ക് കടത്തിവിടുന്ന ആളാണ് ഗുഹൻ വാസന കൊണ്ടാണ് ജീവൻ സംസാരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് അതിനാൽ വാസന തന്നെ ഗുഹൻ ജ്ഞാനമുണ്ടായാൽ കർമ്മവാസനകളും സംസാര വ്യാപാരമുണ്ടായാൽ കൂടി അവയിൽ രമിക്കില്ല അതുപോലെ ആരോടും ബന്ധപ്പെടുകയുമില്ല അതാണ് കൂട്ടുകാരെയൊക്കെ വിട്ട് ഒറ്റയ്ക്ക് പോയത് അതുപോലെ ജ്ഞാനാനുഭൂതിയിലുള്ള എല്ലാ സിദ്ധികളും സംസാരത്തിന്റെ അതിർത്തിയിൽ വച്ച് പിരിയുകയും ചെയ്യുന്നു ജ്ഞാനം അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മം സംസാരമായി മാറുന്നിടത്തുവച്ച് എല്ലാ സിദ്ധികളും അടങ്ങുന്നു സംസാരത്തിൽ നിന്നും മടങ്ങി വീണ്ടും അവിടെ എത്തുമ്പോഴാണ് അവ വികസിക്കുന്നത് സുമന്ദ്രനും തേരുമൊക്കെ മടങ്ങിപ്പോയത് ഇതിന്റെ സൂചനയായും കരുതാം ഗംഗ കടന്ന ദിവസം ഭരദ്വാജാശ്രമത്തിലാണ് ഭഗവാനും സീതാ ലക്ഷ്മണന്മാരും താമസിക്കുന്നത് ഭരദ്വാജ മഹർഷി വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിച്ചു മുൻവൃത്തിക്ക് ഉചിതമായി ഫലമൂലങ്ങളെ അശിച്ചു മഹർഷിയുമായി പല നല്ല കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് അന്നവിടെ താമസിക്കുകയും ചെയ്തു ദശരഥന്റെ അരുത് അരുത് എന്ന നിഷേധവാക്യങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ സുമന്ദ്രൻ അതിവേഗത്തിൽ തേരോടിച്ചുകൊണ്ടുപോയപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് വീണുകഴിഞ്ഞു വളരെയൊക്കെ ശുശ്രൂഷിച്ചതിന്റെ ഫലമായി കുറെ കഴിഞ്ഞപ്പോൾ ബോധമുണ്ടായെങ്കിലും അത് മൂർച്ചയേക്കാൾ ആപൽക്കരമായാണ് തോന്നിയത് അദ്ദേഹം ഉറക്ക നിലവിളിച്ചും നിലത്തുകിടന്നുരുണ്ടും പല പ്രാകൃതങ്ങളും കാണിക്കാൻ തുടങ്ങി അനന്തരം മഹാരാജാവിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാർ അദ്ദേഹത്തെ കൌസല്യയുടെ അന്തപുരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി തന്റെ പുത്രനെ കാട്ടിലേക്ക് അയച്ചുവല്ലോ എന്ന കൌസല്യയുടെ മുള്ളുവാക്കുകൾ അദ്ദേഹത്തിന്റെ അസ്വാസ്ഥ്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു സമാധാനത്തിന് വേണ്ടുന്ന പല ശര്യകളും പലരും ചെയ്തു നോക്കി പക്ഷേ അതൊന്നും വേണ്ടത്ര സഫലമായില്ല വ്യസനഭാരം താങ്ങാൻ കഴിയാതായി വാർധക്യദയിൽ താങ്ങാൻ കഴിയാത്ത ഈ വ്യസനഭാരം കൊണ്ട് മഹാരാജാവിന്റെ ജീവിതം അവസാനിച്ചേക്കുമോ എന്നുപോലും സംശയമായി അത്രമാത്രം മഹാരാജാവിന്റെ അസ്വസ്ഥത നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടേ വരുന്നു ആഹാരനിദ്രകളും മറ്റ് ശരീരധർമ്മങ്ങളുമെല്ലാം കേവലം വിസ്മൃതങ്ങളായെന്ന് പോലും പറയണം ഹാ രാമ ഹാ ലക്ഷ്മണ ഹാ സീതെ എന്നിങ്ങനെ എപ്പോഴും വിളിച്ചും നിലവിളിച്ചും നിലത്തുകിടന്നുരുണ്ടും പലതും പറഞ്ഞും പുലമ്പിയും ഏതാണ്ടൊരു ഭ്രാന്തന്റെ നില കൈവന്നു രാജാവിന് അങ്ങനെ ഓരോ നിമിഷവും മരണത്തിന്റെ അടുക്കലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ദശരഥ രാജാവിന് ഒരു തപസിയുടെ ശാപമുണ്ടായിരുന്നു അതദേഹം മരണസമയത്ത് അനുസ്മരിച്ചു യൌവന കാലത്തൊരിക്കൽ അദ്ദേഹം നായാട്ടിനു പോയതായിരുന്നു കാട്ടിലേക്ക് രാത്രിയിൽ ഒരു ജലാശയത്തിൽ നിന്നെന്തോ ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു ശബ്ദവേദി എന്ന ശസ്ത്രത്തെ പ്രയോഗിച്ചു നിർഭാഗ്യവശാൽ അതൊരു ഋഷിബാലന്റെ ദേഹത്തിലാണ് ചെന്നു രാജാവ് ശരമേറ്റ ലക്ഷ്യത്തെ നോക്കാൻ ചെന്നപ്പോൾ കണ്ടത് രക്തത്തിൽ മുഴുകി മരണത്തോടടുത്തു കിടന്ന് പിടയ്ക്കുന്ന താപസകുമാരനെയാണ് തപസ്വികളും വൃദ്ധന്മാരുമായ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ വന്നതായിരുന്നു താപസ ബാലൻ രാജാവ് വല്ലാതെ വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു വൈശ്യനാണെന്നറിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യയില്ലല്ലോ എന്ന് സമാധാനമായി എങ്കിലും തപസ്വയാകയാൽ വളരെ വ്യസനിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരിച്ചു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ പാത്രത്തിൽ വെള്ളവും കൊണ്ട് ആശ്രമത്തിൽ പോയി ഋഷിബാലന്റെ അച്ഛനമ്മമാരോട് വിവരം പറഞ്ഞു വൃദ്ധരും അന്ധരുമായ ആ തപസ്വി ദമ്പതികൾ വളരെയധികം വ്യസനിക്കുകയും രാജാവിനെ കഠിനമായി ആക്ഷേപിക്കുകയും ചെയ്തു അനന്തരം ആ വൃദ്ധദമ്പതികൾ രാജാവും പുത്രശോകത്താൽ മരിക്കാനിടവരട്ടെ എന്ന് ശപിച്ചുകൊണ്ട് പുത്രന്റെ ചിതയിൽ പതിച്ച് ശരീരത്യാഗം ചെയ്തു ഈ സംഗതി ദശരഥ മഹാരാജാവ് ഓർമ്മിച്ചു അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു അങ്ങനെ പലതും പറഞ്ഞും നിലവിളിച്ചും മാറത്തടിച്ചും നിലത്തുകിടന്നുരുണ്ടും അസഹ്യമായ വ്യസനഭാരം താങ്ങാനാവാതെ അദ്ദേഹം ഒരു ദിവസം മരിച്ചു അന്തപുരത്തിൽ നിന്ന് രാജ്ഞിമാരുടെ നിലവിളി കേട്ട് സുമന്ത്രരും വസിഷ്ഠ മഹർഷിയും മറ്റു ഓടിയെത്തിയപ്പോഴേക്കും രാജാവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും വളരെ വ്യസനിച്ചു പട്ടണം മുഴുവൻ ദുഃഖഭാരത്തിലാണ്ടു ശ്രീരാമചന്ദ്രന്റെയും മറ്റും വിരഹം തന്നെ ജനങ്ങളെ ശോകമോകരാക്കിയിട്ടുണ്ടായിരുന്നു ദശരഥന്റെ മരണം കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ വ്യസനം ശതഗുണീ ഭവിച്ചു ഓജസും പൌരുഷവും നിറഞ്ഞ നാല് പുത്രന്മാരുണ്ട് രാജാവിന് എങ്കിലും മരണസമയത്ത് ഒരാളെപ്പോലും കാണാൻ യോഗമുണ്ടായില്ല മാത്രമല്ല രാജ്യഭാരം ഒരാളെ ഏൽപ്പിക്കാനും പറ്റിയിട്ടില്ല ശ്രീരാമനെ ഏൽപ്പിക്കാനാണ് രാജാവ് ഒരുങ്ങിയത് പക്ഷേ അത് സാധിച്ചില്ല പിന്നെ അവകാശപ്പെടുത്തിയത് ഭരതനെയാണ് ഭരതനാണെങ്കിൽ അവിടെയില്ല കെ രാജ്യത്താണ് ആകപ്പാട് രാജാവിന്റെ മരണം രാജകുടുംബങ്ങൾക്ക് മാത്രമല്ല നാട്ടിനൊട്ടാകെ ആപത്തായിട്ടാണ് പരിണമിച്ചിരിക്കുന്നത് തൽക്കാലം രാജ്യം അരാജകമാണെന്ന് പറയണം കൈകേയി ഭരതനെ അഭിഷേകം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭരതൻ അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന കാര്യം അറിവായിട്ടില്ല ഭരതൻ തനിക്ക് രാജ്യാവകാശം ആവശ്യമില്ലെന്ന് പറയുന്ന പക്ഷം ശ്രീരാമൻ മടങ്ങിവന്ന് രാജ്യഭരണം ഏറ്റെടുക്കുമോ എന്നും അറിഞ്ഞുകൂടാ രണ്ടിലൊന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ രാജകത്വമാണ് ഫലം ആകപ്പാടെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഉത്കണ്ഠയും മൂകതയും പരന്നു അതിനിടയിൽ വസിഷ്ഠ മഹർഷി നിസ്സങ്കോചനായി രാജ്ഞിമാരെയും പരിജനങ്ങളെയും സമാധാനിപ്പിച്ചു രാജാവിന്റെ മൃതശരീരത്തെ കേടുപറ്റാത്ത നിലയിൽ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്ത് വളരെ വേഗത്തിൽ ഭരതന് ഒരെഴുത്തും കൊടുത്ത് കെ കെ രാജ്യത്തേക്ക് ആളയച്ചു വായുവേഗമുള്ള കുതിരപ്പുറത്ത് കയറി രാജഭടന്മാർ വളരെ വേഗത്തിൽ കെ കെ ചെന്നു ഭരതന് വിവരം ധരിപ്പിച്ചു കഴിയുന്നത്ര വേഗത്തിൽ അയോധ്യയിലെത്തണമെന്ന വസിഷ്ഠ മഹർഷിയുടെ സന്ദേശം മാത്രമാണ് ഭരതന് ഭടന്മാരിൽ നിന്ന് കിട്ടിയതെന്ന കാരണത്താൽ കാര്യമെന്തെന്നറിയാതെ ഭരതനും പരിഭ്രമിച്ചു എങ്കിലും തക്ക കാരണമില്ലാതെ വസിഷ്ഠ മഹർഷി ഇങ്ങനെ ഒരു സന്ദേശം അയക്കില്ലെന്നറിയാം എന്നാൽ അതെന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ തന്നെ വിഷമം മഹാരാജാവല്ലാതെ ആചാര്യൻ സന്ദേശം അയച്ചതിന്റെ കാരണം തന്നെ ദുരൂഹമായിട്ടിരിക്കുന്നു ഇങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ടാണ് ഭരതൻ ശത്രുഘ്നെയും കൂട്ടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത് വഴിക്ക് പല ദുശഗുനങ്ങളും കണ്ടു അപ്പോഴൊക്കെ രാജകുമാരന്മാരുടെ അസ്വാസ്ഥ്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു അയോധ്യ പട്ടണത്തിലെത്തിയപ്പോഴും ഉത്കണ്ഠ വർദ്ധിക്കുകയാണ് ചെയ്തത് പട്ടണത്തിലെങ്ങും ഒരു ഉണർവും ചൊടിയും കണ്ടില്ല എല്ലായിടത്തും ഇരുളടഞ്ഞ മാതിരി ഒരു മൂകത കാണുന്നവരൊക്കെ തങ്ങളെ അനുകമ്പയോടും ഈർഷ്യയോടും നോക്കുന്നതായാണ് രാജകുമാരന്മാർക്ക് തോന്നിയത് എന്തോ തക്കതായ അമംഗളം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യമായി അതെത്രമാത്രമുണ്ടെന്നേ ഇനി അറിയേണ്ടതുണ്ടോ അരമനയിലെത്തിയതോടെ നേരെ കൈകേയുടെ അന്തപുരത്തിലേക്കാണ് അവർ പോയത് മഹാരാജാവും അവിടെ ഉണ്ടായിരിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല എന്ന വിവരം ഭരതൻ അറിഞ്ഞത് ഭരതനെ കണ്ടതോടെ കൈകേയി സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി ഓടിവന്ന് കൂട്ടിക്കൊണ്ടുപോയി പിതൃഗൃഹത്തിലെ കുശലങ്ങൾ അന്വേഷിച്ചു ഉത്കണ്ഠ കൊണ്ട് നീറിപ്പുകഞ്ഞ ഹൃദയത്തോടുകൂടിയ ഭരതന് അതിലൊന്നും വലിയ ശ്രദ്ധയുണ്ടായില്ല എങ്കിലും ചോദിച്ചതിന് എന്തോ ചില മറുപടിയൊക്കെ പറഞ്ഞു മഹാരാജാവ് എവിടെയെന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ചു അതിന്റെ മറുപടി വളരെ സാവകാശത്തിലും നയത്തിലുമാണ് കൈകേയി പറഞ്ഞത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അച്ഛൻ എന്തുവേണം എന്നാണ് കൈകേയിയുടെ ആദ്യത്തെ മറുപടി തന്നെ അത് കേട്ടപ്പോൾ ഭരതന് ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത് അതിനാൽ ചോദിച്ചതിനെ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു കുമാരന്മാർ രണ്ടുപേരും അവസാനം എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിവരിച്ചു പറഞ്ഞുകൊടുത്തു കൈകേയി കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ അറിഞ്ഞുകഴിഞ്ഞപ്പോൾ ദഹിച്ച പോലെയായി രാജകുമാരന്മാർ ഭരതന് അമ്മയെ കൊല്ലത്തക്ക നിലയിൽ ക്രോധാഗ്നി ആളിക്കത്തി ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രന്റെ അവകാശമായ രാജാധികാരത്തെ പിടിച്ചുപറ്റിയെന്ന് മാത്രമല്ല പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കാട് കയറ്റുകയും അത് ഹേതുവായിട്ട് അച്ഛൻ മരിക്കുകയും കൂടി ചെയ്തുവെന്നറിഞ്ഞപ്പോൾ ആ നിഷ്കളങ്ക ഹൃദയത്തിന് പുറക്കാൻ കഴിഞ്ഞില്ല അതിനാൽ കൈകേയിയെ തന്റെ മാതാവെന്ന കഥ പോലും മറന്ന് പലതും പറഞ്ഞു ഭരതൻ ആയുധത്തിന്മേൽ കൈവയ്ക്കാൻ പോലും സാഹസികനാക്കി തീർത്തു ഭ്രാതൃസ്നേഹം ആ സാധുവിനെ പുണ്യാതിരേകത്തിൽ ഏതോ ഒരു ക്ഷമാശക്തി കൂടുതലൊന്നും ചെയ്യാനിടവരുത്താതെ അനുഗ്രഹിച്ചു ആ രാജകുമാരനെ അതിനാൽ അധികം താമസിയാതെ തന്നെത്താൻ മറന്നുകൊണ്ട് കൗസല്യയുടെ അന്തപുരത്തിലേക്ക് ഓടി കരയാൻ കണ്ണുനീരോ നിലവിളിക്കാൻ ശബ്ദമോ ഇല്ലാത്ത നിലയിൽ ആർത്തയായിരിക്കെയാണ് കൗസല്യ എങ്കിലും ഭരതനെ കണ്ടപ്പോൾ കുറഞ്ഞൊരു സമാധാനം വീണ്ടുകിട്ടിയ പോലെ തോന്നി നിലത്തു വീണുരുണ്ട് കൗസല്യയുടെ കാല് കെട്ടിപ്പിടിച്ച് ആർത്തനായി പൊട്ടിക്കരയുന്ന ഭരതനെ ദേവി വാത്സല്യത്തോടെ തൊട്ട് തലോടി അനുഗ്രഹിച്ചെഴുന്നേൽപ്പിച്ചു അമ്മ ചെയ്ത പ്രവൃത്തികളൊന്നും തന്റെ അഭിപ്രായപ്രകാരമോ താൻ അറിഞ്ഞുകൊണ്ടോ അല്ലെന്നുള്ളതാണ് ഭരതന് കൗസല്യെ ബോധ്യപ്പെടുത്താനുള്ളത് അത് ഭരതൻ പറയാതെ തന്നെ കൌസല്യയ്ക്ക് ബോധ്യമാണ് താനും മാത്രമല്ല ഭരതൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പോലുമാണ് കൌസല്യയുടെ അഭിപ്രായം അതും ഭരതന്റെ മുമ്പിൽ വ്യക്തമാക്കാതിരുന്നില്ല ഭരതൻ വന്നു എന്ന വർത്തമാനം അറിഞ്ഞതോടെ സുമന്ദ്രനും വസിഷ്ഠ മഹർഷിയും വന്നു മഹാരാജാവിന്റെ ശവസംസ്കാരാധി കൃത്യങ്ങളൊക്കെ ഭരതശത്രുഘ്നന്മാരെ കൊണ്ട് നിർവഹിച്ചു ആ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതോടെ പിറ്റേന്ന് രാജ്യസഭ കൂടി മന്ത്രിമാരും പ്രഭുക്കന്മാരും സാമന്തന്മാരും മറ്റ് പ്രാമാണികന്മാരായ പൌരന്മാരും നിറഞ്ഞ ആ സഭയിൽ ഭരതന്റെ അഭിഷേക മുഖ്യമായ ആലോചനാ വിഷയം ഭരതശത്രുഘ്നന്മാരും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു സഭാനടപടികളിൽ ജനങ്ങൾ പല പ്രകാരത്തിൽ അഭിപ്രായങ്ങളെ കൈമാറി പക്ഷേ ആർക്കും ഒന്നും തീർപ്പ് ചെയ്യാൻ കഴിയുന്നില്ല കുഴഞ്ഞുമറിഞ്ഞൊരു പ്രശ്നമായിരിക്കെയാണ് അഭിഷേക കാര്യം ഏതായാലും പലരുടെയും പല ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കാൻ എല്ലാവരും കൂടി തീർച്ചപ്പെടുത്തി അപ്പോഴും കുഴപ്പം അവസാനിക്കില്ല താനത് സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു ഭരതന്റെ വാദം വസിഷ്ഠ മഹർഷിയടക്കം പലരും ന്യായവാദം ചെയ്തും ഗുണദോഷിച്ചും ഭരതനെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല ഭരതൻ പട്ടാഭിഷേകത്തിന് തയ്യാറായില്ല അതിനാൽ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭരതനടക്കം എല്ലാവരും കാട്ടിൽ പോയി ശ്രീരാമചന്ദ്രനെ കണ്ട് വിവരം ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ തീർച്ചപ്പെടുത്തി അങ്ങനെ പ്രഭാതത്തിൽ എല്ലാവരും കാട്ടിലേക്ക് പുറപ്പെടാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ രാജ്യസഭ പിരിഞ്ഞു നേരം പ്രഭാതമായപ്പോഴേക്കും എല്ലാവരും ഒരുങ്ങി യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഭരതശത്രുഘ്നന്മാരും രാജമാതാക്കളാകുന്ന കൌസല്യ സുമിത്ര കൈകേയിമാരും സുമന്ത്രനും മറ്റ് മന്ത്രിമുഖന്മാരും വസിഷ്ഠ മഹർഷിയും പുറപ്പെട്ടു ആന കുതിര തേര് തുടങ്ങിയ രാജകീയ ആഡംബരങ്ങളും ഏതാനും കാലാൾ സൈന്യങ്ങളും പുറപ്പെട്ടു ഈ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ അയോധ്യയിലെ പൌരജനങ്ങളും മിക്കവാറും പുറപ്പെട്ടു ആഗപാട വലിയൊരു ജനസഞ്ചയം എല്ലാ ആർഭാടങ്ങളോടും ആഡംബരങ്ങളോടും കൂടി യാത്രയായി വാദ്യമേളഘോഷങ്ങളോടും സ്തുതിപാഠകന്മാരുടെ സ്തുതിഗാനങ്ങളോടും ജയശബ്ദത്തോടും ബ്രാഹ്മണരുടെ ആശീർവാദ വചസ്സുകളോടും കൂടി ആ വമ്പിച്ച ഘോഷയാത്ര പതുക്ക പതുക്കെ പട്ടണത്തിൽ കൂടെ നീങ്ങി ക്രമേണ പട്ടണവും ഉഗ്രാമങ്ങളും പിന്നിട്ട് കാട്ടിലേക്ക് കയറി ത്വരിത തുടങ്ങി വാഹനങ്ങൾ ധാരാളമുണ്ടായിട്ടും ഭരതശത്രുഘ്നന്മാർ കാൽനടയായി തന്നെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു പലരും വളരെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല രാജമാതാക്കളും മന്ത്രിമുഖന്മാരും പൌരപ്രധാനികളും സാമന്തന്മാരും ബ്രാഹ്മണശ്രേഷ്ഠരും ഒക്കെ വാഹനങ്ങളിൽ ഇരുന്നുകൊണ്ടും യാത്ര ചെയ്തു പകൽ മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വൈകുന്നേരമായപ്പോഴേക്ക് ശൃംഗിവേരപുരത്തിന്റെ പരിസരത്തിലെത്തി അവിടെയാണല്ലോ ശ്രീരാമനും എത്തിച്ചേർന്നത് ഗംഗാതീരത്തുള്ള ഒരു മുക്കുവ ഗ്രാമമാണ് ശൃംഗിവേരപുരം ഗുഹനാണ് അവിടുത്തെ രക്ഷാധികാരി ശ്രീരാമൻ ആ വഴിക്ക് വന്ന സമയം ഗുഹൻ വളരെ ഭക്തിബഹുമാനങ്ങളോട് സൽക്കരിച്ചിട്ടുണ്ടായിരുന്നു ഭരതശത്രുഘ്നന്മാർ എല്ലാ പരിവാരങ്ങളോടും കൂടി വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴും ഗുഹൻ ബന്ധപ്പെട്ട് ഓടിവന്നു പരിവാരങ്ങളെയും സന്നാഹങ്ങളെയുമൊക്കെ കണ്ടപ്പോൾ ഗുഹന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഭരതൻ കാരണത്താലാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നത് കാട്ടിൽ വച്ചും രാമനെ എതിർക്കാനുള്ള പുറപ്പാടാണോ ഭരതന്റേതെന്നായിരുന്നു ഗുഹന്റെ സംശയം പക്ഷേ വളരെ വേഗത്തിൽ സംശയം തീർന്നു ജഡാവൽക്കലധാരികളായ ഭരതശത്രുഘനന്മാരുടെ വേഷവും ശ്രീരാമ വിരഹം കൊണ്ടുള്ള അവരുടെ പശ്ചാത്താപവും കണ്ടപ്പോൾ തന്നെ ഗുഹന് സർവ സംശയങ്ങളും തീർന്നു അനന്തരം അവരോട് സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ പറയേണ്ടതില്ല തന്നേക്കാൾ എത്രയോ അധികം ഭക്തിയുണ്ട് ഭരതന് ശ്രീരാമംഗലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ശ്രീരാമനെ സംബന്ധിച്ച പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഗുഹന്റെ ആതിഥ്യവും സ്വീകരിച്ച് ആ രാജകീയ സംഘം മുഴുവൻ അന്നേ ദിവസം ഗംഗാതീരത്ത് കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ഗുഹൻ അവർക്ക് നദികടപ്പാൻ വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു വലിയ തോണികൾ ധാരാളം കൊണ്ടുവന്ന് ജനങ്ങളെ സംഘം സംഘമായി മറുകരയ്ക്കെത്തിച്ചു അലങ്കരിച്ച രാജകീയ നാമത്തിൽ കൌസല്യാദികളെയും അക്കരയ്ക്കെത്തിച്ചു ഗുഹനോട് യാത്രയും പറഞ്ഞ് ഭരതനും സംഘവും കാട്ടിൽ കൂടെ കാൽനടയായി യാത്രയായി ശ്രീരാമനെപ്പോലെ തന്നെ അവരും അന്ന് ഭരദ്വാജാശ്രമത്തിലെത്തി ഭരദ്വാജ മഹർഷി വിവരമറിഞ്ഞ് അവരെ വേണ്ട സൽക്കരിച്ചു രാമഭക്തനും രാമതന്ത്രപരായണനുമായ മഹർഷിയുടെ സൽക്കാരങ്ങളെ സ്വീകരിച്ച് അന്നേ ദിവസം അവിടെയും കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ ഭരദ്വാജ മഹർഷി പറഞ്ഞുകൊടുത്ത മാർഗത്തിൽ കൂടെ അവർ മുന്നോട്ട് നീങ്ങി ശ്രീരാമൻ ഒരു ദിവസം ഭരദ്വാജാശ്രമത്തിൽ വിശ്രമിച്ചു പിറ്റേന്ന് ചിത്രകൂട പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള മഹർഷിമാരുടെ ആശ്രമ പരിസരങ്ങളിലേക്കാണ് പോയത് അവിടെ ചെന്ന് ആ ഋഷി സംഘങ്ങളെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം പരിസരത്തിൽ തന്നെ ഒരു ചെറിയ പർണശാല കെട്ടി താമസമുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്കുള്ള മാർഗമാണ് ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ചു കൊടുത്തതും അതിനാൽ ഭരദ്വാജാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഭരതനും സംഘവും നേരെ ചിത്രകൂടപർവ്വതത്തെ നോക്കിയാണ് നടന്നത് കാട്ടിൽ കൂടെ ആയാസപ്പെട്ട് നടന്ന് വളരെ വഴി പിന്നിട്ടു ക്രമേണ അവർ ചിത്രകൂട പർവ്വതത്തിന്റെ പരിസരത്തിലെത്തി വിദൂരത്തിൽ വരിവരിയായുള്ള ഋഷി കവാടങ്ങളുടെ അറ്റത്തായി ഒരു മൂലയിലുള്ള ശ്രീരാമന്റെ ഭർണകുടീരം ദൂരത്തു തന്നെ കണ്ടു പുറത്തു വള്ളികെട്ടി വൽക്കലങ്ങൾ തോരാനിട്ടിട്ടുണ്ട് മന്ത്രഘോഷങ്ങൾ പല പർണശാലകളിൽ നിന്നും മുഴങ്ങുന്നു ചിലതിൽ നിന്നും ഹോമധൂമം പരക്കുന്നു സ്വതവേ തന്നെ ഹൃദയം നിറഞ്ഞ ഭരതാദികൾ തപോമയമായ ആ വിശുദ്ധ അന്തരീക്ഷത്തിലെത്തിച്ചേരുകയും ശ്രീരാമന്റെ പർണകുടിയീരത്തെ കാണുകയും കൂടി ചെയ്തപ്പോഴേക്ക് ആവിഷ്ടന്മാരായി അവരുടെ ഭക്തിപ്രവാഹം നിയന്ത്രണാതീതമായി തീർന്നു ദേഹം മുഴുവൻ പൊട്ടിത്തരിച്ച് രോമാഞ്ചാവൃതമായി കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ധാരയായി ഒഴുകാൻ തുടങ്ങി അവരറിയാതെ തന്നെ രണ്ട് കൈകളും ചിരസിലേക്ക് ഉയർന്ന് അഞ്ജലീബദ്ധങ്ങളായി രാമനാമം അവരുടെ നാവിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി ആ വമ്പിച്ച ജനസഞ്ചയം മുഴുവൻ നാമഘോഷം കൊണ്ട ആകാശത്തെ മുഖരിതമാക്കിയും ധാരയായി കണ്ണീരൊഴുക്കിയും രോമാഞ്ചാവൃത ശരീരത്തോടും ചിരസിൽ അഞ്ജലീബദ്ധമായ കൈകളോടും കൂടി സ്വരൂപത്തെ പ്രാപിച്ച ഭക്തിയെന്ന പോലെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ശബ്ദ കോലാഹലം കേട്ട് തപസികൾ ഉടജങ്ങളിൽ നിന്ന് പുറത്തുവന്നു നോക്കി ആരവഘോഷം കേട്ട് എന്തെന്നറിയാനുള്ള ഉത്കണ്ഠയോടെ ശ്രീരാമനും പുറത്തുവന്നു നോക്കി അയോധ്യയിൽ നിന്ന് തന്നെ കാണാൻ വരുന്ന ജനങ്ങളുടെ കോലാഹലമാണെന്ന് മനസ്സിലായി പ്രശാന്തമായ ആശ്രമാന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള അവരുടെ ഘോഷയാത്ര തീരെ അപ്രതീക്ഷിതമായിരുന്നു അതിനാൽ പെട്ടെന്ന് ഭഗവാനും ആശ്ചര്യപ്പെട്ടു ശ്രീരാമചന്ദ്രനെ പുറത്തു കണ്ടതോടെ എല്ലാവരും ആവേശഭരിതന്മാരായി മുന്നോട്ട് പാഞ്ഞെടുത്തു ഭരതൻ ആവേശഭരിതനായി ഓടി ഭഗവാന്റെ പാദങ്ങളിൽ വീണു അപ്പോഴേക്ക് രാജ്ഞിമാരും മന്ത്രിമുഖന്മാരും പ്രഭുക്കന്മാരും എല്ലാവരും ആവേശഭരിതരായി രാമചന്ദ്രന്റെ നാല് ഭാഗവും തിക്കിത്തിരക്കി ലക്ഷ്മണൻ വളരെ വിഷമിക്കേണ്ടി വന്നു അവരെയൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ പ്രക്ഷുബ്ധമായ ആ അന്തരീക്ഷത്തിൽ അന്യോന്യം ആചാരോപചാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് ശാന്തരായി അന്യോന്യം കുശലപ്രശ്നം ആരംഭിച്ചു അയോധ്യയിലെ വർത്തമാനങ്ങൾ അറിയാനാണ് ശ്രീരാമന് ബന്ധപ്പാട് അതിനാൽ അതിനെ തന്നെ ആദ്യം പറയാൻ ആവശ്യപ്പെട്ടു അച്ഛന്റെ ക്ഷേമവർത്തമാനങ്ങളെയാണ് ആദ്യം ചോദിച്ചത് അതിനാൽ ആദ്യം തന്നെ ഒരനിഷ്ട വാർത്തയാണ് കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യേണ്ടി വന്നത് ദശരഥന്റെ ചരമവാർത്ത കേട്ടതോടെ രാമലക്ഷ്മണന്മാർ രണ്ടാളും ഒരുപോലെ മോഹാലസ്യപ്പെട്ടു വീണു ഗീതോപചാരങ്ങളെക്കൊണ്ടും സാന്ത്വന വാക്കുകളെക്കൊണ്ടും കുറയ്ക്കഴിഞ്ഞപ്പോൾ പ്രജ്ഞ വന്ന് എഴുന്നേറ്റ് എല്ലാവരും കൂടി ഗംഗയിലേക്ക് കുളിച്ച് പിതൃതർപ്പണം ചെയ്യാൻ പോയി തിലോതകം കൊടുക്കലും ആശൌച ദീക്ഷയുമടക്കം പിതൃകർമ്മങ്ങൾ പൂർത്തിയായ ശേഷം കാര്യാലോചന ആരംഭിച്ചു ജ്യേഷ്ഠപുത്രനുള്ളതാണ് രാജ്യം ആ അവകാശം ആര് തന്നെ നിഷേധിച്ചാലും പോവില്ല അതുകൊണ്ട് ശ്രീരാമൻ അയോധ്യയിൽ വന്ന് പട്ടാഭിഷിക്തനായി രാജ്യം ഭരിക്കണമെന്നാണ് ഭരതന്റെ ആവശ്യവും അപേക്ഷയും അങ്ങനെ ചെയ്യുന്നതിൽ ന്യായത്തിനും സത്യത്തിനും ഭംഗമില്ലെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഭരതൻ പല യുക്തികളെയും പ്രമാണങ്ങളെയും അവതരിപ്പിച്ചു അതൊക്കെ ശ്രീരാമൻ ശരിവച്ചു എന്നാൽ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞയെ നിറവേറ്റുകയെന്നത് അതിപ്രധാനമായ സംഗതിയാണ് അത് ഒരു പ്രകാരത്തിലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് ചെയ്ത പ്രതിജ്ഞ ചെയ്തതുതന്നെ അതൊന്നുകൊണ്ടും ഇല്ലാതാവാനും പോകുന്നില്ല പതിനാല് കൊല്ലം താൻ മുൻവൃത്തിയോടെ കാട്ടിൽ താമസിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ് അച്ഛൻ ഇല്ലാതായി എന്നതുകൊണ്ട് പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്താൻ വയ്യ എന്നാൽ അതും അസത്യമായേ വരും ഓരെങ്കിൽ രാജ്യലോഭം കൊണ്ട് അച്ഛനെ വഞ്ചിച്ചു എന്ന് പോലും പറയാനിടവരും ആ കളങ്കം എങ്ങനെയും വരുത്തിവയ്ക്കാൻ വയ്യ അതുകൊണ്ട് പതിനാല് കൊല്ലത്തെ വനവാസം കഴിഞ്ഞുവന്ന് രാജ്യമേറ്റെടുക്കാം അതുവരെ ഭരതൻ തന്നെ ഭരിക്കണം എന്നാണ് ശ്രീരാമന്റെ വാദം രണ്ടാൾക്കും ന്യായമുണ്ട് അതിനാൽ വേഗത്തിൽ ഒന്ന് തെറ്റ് മറ്റേത് ശരി എന്ന് പറയാൻ വയ്യ അതുകൊണ്ട് എന്താണ് തീർച്ചപ്പെടുത്തേണ്ടതെന്നറിയാതെ ജനങ്ങൾ കുഴങ്ങി അവസാനം വസിഷ്ഠ മഹർഷിയുടെ മാധ്യസ്ഥ പ്രകാരം കാര്യം തീർച്ചപ്പെടുത്തപ്പെട്ടു ശ്രീരാമൻ പതിനാല് കൊല്ലം വനവാസം നടത്തട്ടെ അതാണല്ലോ പ്രതിജ്ഞ അത്രയും കാലം ഭരതൻ രാജ്യം ഭരിക്കട്ടെ ശ്രീരാമൻ മടങ്ങിവന്നാൽ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ ഇതാണ് വസിഷ്ഠ മഹർഷിയുടെ മാധ്യസ്ഥം വളരെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അങ്ങനെ തീർച്ചപ്പെടുത്തി എന്നാലും ഭ്രാതൃഭക്തി കൊണ്ട് വിവശനായ ഭരതന് അത് സമ്മതിക്കാൻ കഴിഞ്ഞില്ല ജ്യേഷ്ഠനുണ്ടായിരിക്കെ താൻ സ്വതന്ത്രനായി രാജ്യം ഭരിക്കുക എന്നതൊരിക്കലും ചെയ്യില്ലെന്നാണ് ഭരതന്റെ നിർബന്ധം അതിന് അവസാനം ഒരു യുക്തി കണ്ടുപിടിച്ചു ഭരതൻ സ്വതന്ത്രനായിട്ട് വേണ്ട ശ്രീരാമന്റെ പ്രതിനിധിയായി ഭരണം നിർവഹിച്ചാൽ മതിയെന്നാണ് കണ്ടുപിടിക്കപ്പെട്ട യുക്തി അതിനെ ഭരതന് നിഷേധിക്കാൻ കഴിഞ്ഞില്ല ശ്രീരാമന്റെ പാതുകങ്ങളെ കൊണ്ടുവന്ന് രാജപ്രതിനിധിയായി സിംഹാസനത്തിൽ വച്ച് ഭരതൻ ഒരു പ്രത്യന്ന നിലയ്ക്ക് ഭരണകൃത്യം നടത്തുക എന്നായി അവസാനത്തെ തീർപ്പ് അത് ഭരതനും സ്വീകാര്യമായി എങ്കിലും അയോധ്യയിൽ വയ്യ ജ്യേഷ്ഠനോട് കൂടാതെ അയോധ്യയിൽ പ്രവേശിക്കില്ല എന്നുകൂടി ഭരതനൊരു നിർബന്ധമുണ്ടായി അതും അംഗീകരിക്കപ്പെട്ടു അതുപ്രകാരം ഭരതൻ ശ്രീരാമന്റെ പാതകങ്ങളെ വാങ്ങി ഭക്തിയോട് ശിരസിൽ വെച്ച് യാത്രയും പറഞ്ഞ് എല്ലാ പരിജനങ്ങളോടും കൂടി മടങ്ങി അയോധ്യാപട്ടണത്തിന്റെ അടുത്തുള്ള നന്ദിഗ്രാമം എന്ന കുഗ്രാമത്തിൽ ശ്രീരാമന്റെ പാതകങ്ങളെ രാമബുദ്ധിയോട് സിംഹാസനത്തിൽ വച്ച് നിത്യേന വണങ്ങി എല്ലാ രാജ്യകാര്യങ്ങളെയും ശ്രീരാമനോടെന്ന പോലെ പാതുകോടറിയിച്ചുകൊണ്ടും രാമനെന്ന പോലെ മുനിവൃത്തിയോടും തപശ്ചര്യയോടുകൂടി ദിവസങ്ങളെ എണ്ണി കണക്കാക്കിക്കൊണ്ടും കഴിഞ്ഞുവന്നു ഭരതൻ മറ്റെല്ലാവരും അയോധ്യയിൽ യഥാസ്ഥാനത്തും കഴിഞ്ഞുകൂടി ഇവിടെ വെച്ചാണ് അയോധ്യാകാംഡം അവസാനിക്കുന്നത് അയോധ്യകാണ്ടത്തിലെ ഒട്ടാകെയുള്ള കഥാഗോളമാണ് പറയപ്പെട്ടത് ഇനി അതിന്റെ അന്തസ്തത്വത്തിലേക്ക് കടക്കാം ശ്രീരാമൻ രാജ്യം ഭരിച്ച് രാജാവായി സുഖിച്ചുകൊണ്ട് അരമനയിൽ തന്നെ ഇരിക്കണമെന്നായിരുന്നു കൌസല്യയുടെ ഇച്ഛ എന്നാൽ കൈകേയിയുടെ ആഗ്രഹമാകട്ടെ നേരെ മറിച്ചായിരുന്നു രാമൻ അയോധ്യയിൽ തന്നെ ഉണ്ടാവരുത് കാട്ടിൽ പോയി പലതരത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കണമെന്നായിരുന്നു കൈകേയിയുടെ അഭിപ്രായം കൌസല്യയ്ക്ക് പ്രത്യേകം നന്മയോ കൈകേയിക്ക് തിന്മയോ രണ്ടും രാമൻ ചെയ്തിട്ടുമില്ല രണ്ടാളും ശ്രീരാമന്റെ അമ്മമാരാണ് കൌസല്യ പെറ്റമ്മയാണ് കൈകേയി അതല്ല എന്ന് പറയാം എങ്കിലും കൈകേയിയും രാമനെ അതുവരെയും പുത്രനിർവിശേഷം ലാളിച്ചുവന്ന അമ്മയായിരുന്നു എന്നിട്ടും രാമനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം ഇത്രയും വിരുദ്ധങ്ങളായി എന്താണിതിനർത്ഥം ഒന്ന് ജ്ഞാനശക്തിയാണ് മറ്റേത് ക്രിയാശക്തിയാണ് അവ അന്യോന്യ വിരുദ്ധങ്ങളാണ് ഒരിക്കലും തമ്മിൽ യോജിക്കാൻ വയ്യ ജ്ഞാനശക്തിയെയാണ് കൗസല്യയാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിയാശക്തിയെ കൈകേയായും ക്രിയാശക്തിയിൽ കെട്ടിക്കിടക്കുന്നു പലതരത്തിലുള്ള പ്രാരാബ്ധങ്ങൾ അതുണ്ടോ അനുഭവിക്കാതെ ജീവനെ വിടുന്നു ജ്ഞാനമുണ്ടായാൽ പിന്നെ പ്രാരാബ്ധം അനുഭവിക്കേണ്ടതില്ലെന്ന് പറയാറുണ്ട് പൂർവജന്മങ്ങളിലെ കർമ്മത്തിന്റെ അവശിഷ്ടമാണല്ലോ പ്രാരാബ്ധം ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് ഈ ജന്മം തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എന്ത് പുനർജന്മമാണ് പൂർവജന്മങ്ങളില്ലെങ്കിൽ പിന്നെ പൂർവജന്മങ്ങളിലെ കർമ്മങ്ങളും അവയുടെ അവശിഷ്ടമാകുന്ന പ്രാരാബ്ധവുമുണ്ടോ ഉണ്ടാവാൻ വയ്യാത്തതാണ് ഈ അഭിപ്രായത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ജ്ഞാനിക്ക് പ്രാരാബ്ധം അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞുവരാറ് പക്ഷേ ആ വാദം അത്രമാത്രം പ്രായോഗികമാണെന്ന് പറഞ്ഞുകൂടാ എന്തുകൊണ്ടെന്നാൽ ജ്ഞാനം വികസിച്ചാൽ പ്രാരാബ്ധം അനുഭവിക്കേണ്ടെന്നത് ശരിതന്നെ പക്ഷേ എപ്പോഴാണ് ഒരാൾക്ക് ജ്ഞാനമുണ്ടാവുന്നത് എന്നാണെങ്കിൽ പ്രാരാബ്ധത്തിന്റെ അവസ്ഥിതിയിലാണ് പ്രാരാബ്ധം വർദ്ധിച്ചിരിക്കുമ്പോൾ ജ്ഞാനം ദൃഢപ്പെടുകയെന്നത് വിഷമം തന്നെ ജ്ഞാനം ദൃഢപ്പെട്ടു കഴിഞ്ഞാൽ വളരെ കുറച്ചേ പ്രാരാബ്ധമുണ്ടാവും അതാകട്ടെ അറിയാതെ തന്നെ അനുഭവിച്ചു തീരുകയും ചെയ്യും അപ്പോൾ ജ്ഞാനിക്ക് പ്രാരാബ്ധം ബാധകമാവുന്നില്ലെന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് ഈ പറഞ്ഞ രീതിയിലാണെന്ന് മാത്രം കൈകേയിയ്ക്ക് വളരെ കാലത്തിന് മുമ്പ് കിട്ടിയ വരപ്രതിജ്ഞയുടെ ഫലമാണല്ലോ രാമൻ അനുഭവിക്കാനിടയായത് ക്രിയാശക്തിയിൽ പൂർവകാലത്ത് നിക്ഷേപിച്ച വാസനാശതങ്ങൾ തന്നെ അതാത് ജന്മത്തിൽ ജീവന്റെ പ്രാരാബ്ധമായി പൊട്ടിപ്പുറപ്പെടുന്നു ജ്ഞാനമോ തപസ്സോ പൌരുഷമോ വീര്യമോ എന്തൊക്കെ ഉണ്ടായാലും പ്രാരാബ്ധം ഒരാളെ അനുഭവിക്കാതെ വിടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് രാമന് പല യോഗ്യതകളുണ്ടായിട്ടും കൈകയുടെ ആജ്ഞയ്ക്ക് വഴങ്ങേണ്ടി വന്നത് ജ്ഞാനശക്തി വേണ്ട അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും ക്രിയാശക്തി വിട്ടിട്ടില്ല കൌസല്യ വേണ്ട അനുഗ്രഹിച്ചെങ്കിലും കൈകയുടെ ആജ്ഞയെ നിരസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ബ്രഹ്മവിദ്യ ഉള്ളതിനാൽ ക്ലേശങ്ങൾ ചുരുങ്ങും സീത ഒരുമിച്ചുള്ളതിനാൽ കാട്ടിലും താപത്തിന് കുറവുണ്ടാകും ചിലകാലത്തെ ആധ്യാത്മിക ജീവിതം കൊണ്ട് ശരീരം വ്യവഹാര സ്വരൂപമായ ലൌകിക ജീവിതത്തിന് പറ്റാതായി തീർന്നിട്ടു എങ്കിലും പ്രാരാബ്ധവശാൽ ജീവന് സംസാരത്തിൽ ഇതാണ് ശ്രീരാമൻ പോകുമ്പോൾ ദശരഥൻ കഠിനമാകും വണ്ണം വ്യസനിക്കുന്നത് ദശരഥൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യപ്പെടുമ്പോൾ വരദാനങ്ങളെ സാധിച്ചു കൊടുത്തോളാമെന്ന് അതായത് ശരീരം ചുമതലപ്പെട്ടിരിക്കുന്നു പ്രാരാബ്ധത്തെ അനുഭവിക്കാൻ നിഗൂഢമായ ആത്മസ്വരൂപമാകുന്ന ഗുഹനെ വിട്ട് ജ്ഞാനഗംഗയെയും കടന്ന് മറുവശത്തുള്ള സംസാരക്കാട്ടിൽ വിചിത്രങ്ങളും കൂടധർമ്മ സ്വരൂപങ്ങളുമായ സംസാരധർമ്മങ്ങളുടെ മധ്യമാകുന്ന ചിത്രകൂടത്തിലാണ് ആദ്യം തന്നെ എത്തിച്ചേരുന്നത് ബ്രഹ്മവിദ്യയാകുന്ന സീതയുടെയും തപസ്വികളായ സജ്ജനങ്ങളുടെയും നിത്യസമ്പർക്കം സമാധാന കാരണമാണ് എന്തൊക്കെ ക്ലേശങ്ങൾ വന്നാലും സമാധാനം കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണല്ലോ ശ്രീരാമചന്ദ്രന്റെയും അനുഭവം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരതന്റെയും പരിജനങ്ങളുടെയും വരവ് ശരീരത്തിലെ സകല ശക്തികളും ക്ഷോഭിച്ചു എന്നർത്ഥം എന്തൊക്കെയായിട്ടും സ്വൈര സമാധാനങ്ങൾക്ക് മാർഗമില്ലെന്നായി ശരീരത്തിന്റെ അകത്തു നിന്നും പുറത്തുനിന്നും പലതരം ക്ലേശങ്ങൾ സംസാരത്തിന്റെ അസഹ്യമായ താപം നാല് ഭാഗവും വലയം ചെയ്ത് തപിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കലായി എന്താണ് രക്ഷാമാർഗം അയോധ്യയിലേക്ക് മടങ്ങിയാൽ മതി എല്ലാ ക്ലേശങ്ങളും അവസാനിച്ചു പക്ഷേ അതിന് പ്രതിജ്ഞ തടസ്സമായി വിലങ്ങടിച്ചിരിക്കുകയാണല്ലോ അതിനാൽ കാട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും നിവൃത്തിയുണ്ടാക്കണം അതിനെ ആലോചിച്ചാണ് ചിത്രകൂടം വിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കാൻ തിരിച്ചപ്പെടുത്തിയത് സംസാരത്തിൽ അനവരതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഓരോ ജീവനെയും എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സംസാരത്തിൽ നിന്ന് വിട്ടാൽ മതി എല്ലാ ക്ലേശങ്ങളും അവസാനിച്ചു പക്ഷേ അതിന് പ്രാരാബ്ധം അനുവദിക്കേണ്ടേ അതിനാൽ സംസാരത്തിൽ നിന്ന് വിട്ടാൽ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുമെന്നറിഞ്ഞാൽ കൂടി അതല്ല ചെയ്തുവരാർ സംസാരത്തിലിരുന്ന് തന്നെ സംസാര ക്ലേശങ്ങളെ അകറ്റാനുള്ള നിവൃത്തി മാർഗങ്ങൾ അന്വേഷിക്കും സംസാരഭുക്തി കൊണ്ടുള്ള ക്ലേശം കുറെക്കൂടി സംസാരഭുക്തി ഉണ്ടായാൽ കൂടലല്ലാതെ കുറയലുണ്ടോ അതുപോലെ ചിത്രകൂടമാകുന്ന കാട്ടിലെ അധിവാസം കൊണ്ടുള്ള ക്ലേശം അതിനേക്കാൾ ഭയങ്കര വനമായ ദണ്ഡകാരുണ്യത്തിലേക്ക് കടന്നാൽ വർദ്ധിക്കയല്ലാതെ കുറയലുണ്ടോ എന്നാലും അതാണ് സമാധാനമെന്ന് തോന്നി അതുതന്നെയാണ് സംസാരത്തിലെ സമ്പ്രദായം എത്ര ക്ലേശങ്ങൾ അനുഭവിച്ചാലും പിന്നെയും സംസാരത്തിൽ നിന്ന് വിടാൻ തോന്നില്ല സംസാരക്ലേശത്തിന്റെ നിവൃത്തിക്ക് സംസാരത്തെ തന്നെ ഭുജിക്കാൻ ശ്രമിക്കും ഉപ്പുവെള്ളം കുടിച്ചുണ്ടായ ദാഹം തീർക്കാൻ ഉപ്പുവെള്ളത്തെ തന്നെ കുറെക്കൂടി കുടിച്ചാൽ ദാഹം തീരുമെന്ന് തോന്നും പോലെ ഇതൊക്കെയാണ് അയോധ്യാകാണ്ടത്തിലെ കഥാഗോളത്തിന്റെ അടിയിലെ തത്വം ഇതിനു പുറമെ വാച്യഭാഷയിൽ ഒരാൾക്ക് ക്ഷണനേരത്തെ ദുസ്സംഗം കൊണ്ടുണ്ടാകാവുന്ന മാറ്റത്തെയും അതുകൊണ്ടുണ്ടാകാവുന്ന ഭയങ്കരങ്ങളായ ഭവിഷ്യത്തുകളെയും ഭംഗിയായി ഉപന്യസിച്ചിട്ടുണ്ട് അയോധ്യാകാണ്ടത്തിൽ അയോധ്യാ രാജ്യത്തെയും രാജസിംഹാസനത്തെയും ഒട്ടാകെ തകിടം മറിച്ചത് കൈകേയുടെ വാശി മാത്രമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കൂട്ടാക്കാതെ താൻ പിടിച്ചത് സാധിക്കണമെന്ന മർക്കടമുഷ്ടി അതിന് കാരണമോ മന്ധരയുടെ ക്ഷണനേരത്തെ കുസൃതി പറയലും അന്നേ ദിവസം മന്ധരയും കൈകേയയും തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിറ്റേന്ന് കാലത്ത് മംഗളകരമായി ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കുമായിരുന്നു ആ തള്ളയുടെ ക്ഷണനേരത്തെ സമ്പർക്കം കൊണ്ട് സ്വതവേ നല്ലവളായിരുന്ന കൈകൈ വളരെയധികം ദുഷിക്കുകയും ഒരു രാജ്യം മുഴുവൻ തകരുകയും ചെയ്തു ആര് രാജാവായാലും മന്ധരയ്ക്കൊന്നുമില്ല അവൾക്കുള്ളത് കൈകൈയുടെ ദാസ്യം മാത്രമാണ് ഭരതൻ രാജാവായാൽ അതിൽ നിന്ന് ഉയരാൻ പോകുന്നില്ല ശ്രീരാമൻ രാജാവായതുകൊണ്ട് അത് താഴാനും പോകുന്നില്ല എന്നാൽ പിന്നെ വന്നതിൽ സന്തോഷിച്ചുമിണ്ടാതിരുന്നാൽ മതി പക്ഷേ ദുർജനങ്ങൾക്ക് അത് സാധിക്കില്ല എന്തെങ്കിലും കുസൃതി പറഞ്ഞ് സജ്ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കണം അതിനൊരു കാരണവും വേണ്ട അതാണ് ദുർജനങ്ങളുടെ സ്വതവേ പ്രകൃതി അത് തികച്ചും കാണിച്ചു മന്ധര സാധുവായ കൈകേയി അത് നിരയാവുകയും ചെയ്തു എന്നിട്ടെന്ത് സാധിച്ചു ഭരതൻ രാജാവായി രാജ്യം ഭരിക്കാൻ തുടങ്ങിയാൽ മന്ധരയ്ക്ക് ഏതാനും ഗ്രാമങ്ങൾ കൊടുക്കാമെന്നും അവിടുത്തെ ഭരണകർത്രിയാക്കാം മന്ധരയെ എന്നുമൊക്കെ പറഞ്ഞിരുന്നുവല്ലോ കൈകേയി അത് വല്ലതും സാധിച്ചോ ഒന്നും നടന്നില്ല കൈകേയിക്ക് അവസാനം കിട്ടിയത് തീരാത്ത പശ്ചാത്താപമാണ് ഇതാണ് ദുർജനങ്ങളുടെ സമ്പർക്കം കൊണ്ടും അവരുടെ ദുരുപദേശങ്ങളെ ആചരിക്കുന്നത് കൊണ്ടും ഫലവും മന്ധരയ്ക്ക് ഗ്രാമങ്ങളല്ല കൈകേയിയുടെയും സർവജനങ്ങളുടെയും ഈർഷ്യയാണ് അവസാനം കിട്ടിയത് ഇങ്ങനെ പല തത്വങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് അയോധ്യാകാണ്ടം അവസാനിപ്പിക്കുന്നത്